എല്ലാവർക്കും എന്റെ പ്രണ ശുദ്ധ ജ്ഞാനാഭ്യാസം അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഏകാദശ സ്കന്ധത്തിൽ ഇരുപത്തൊൻപതാം അധ്യായം ഭാഗവതത്തിൻ്റെ കേന്ദ്രഭൂതമായ ആശയം എന്താണെന്ന് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരധ്യായമാണ് ഇരുപത്തൊൻപതാം അധ്യായം ആകെ ഏകാവിസ്തര മുപ്പത്തൊന്ന് അധ്യായമാണുള്ളത് അതിൽ ഒട്ടേറെ ഭാഗം കൃഷ്ണൻ ഉദ്ധവർക്ക് തത്വോപദേശം ചെയ്യുന്ന ഭാഗമാണ് തത്വോപദേശമൊക്കെ വിസ്തരിച്ചു കേട്ടു യോഗ സാധനകളെക്കുറിച്ചൊക്കെ ബുദ്ധവർ കേട്ടു ഒടുവിൽ ബുദ്ധവരെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ അന്ന് പറഞ്ഞ ഈ യോഗസാധനകൾ വളരെ വളരെ പ്രയാസം എനിക്ക് തീരെ പ്രയാസം കാരണം നൂറ്റി ഇരുപതിലധികം വയസ്സായി എനിക്കൊന്നല്ല ചെറുപ്പക്കാർക്കൊക്കെ തന്നെയും പ്രയാസമാണ് സുനിശ്ചരാം ഇമാം മഞ്ഞേ യോഗചരീരാം അനാത്മന യഥാഞ്ജസ്വുമാൻസിജസാച്യുത ഇതാണ് ചവരുടെ ആവശ്യം അങ്ങ് പറഞ്ഞ യോഗശരീരകൾ സുനിശ്ചരം ദുശ്ചരം വളരെ നടപ്പാക്കാൻ ക്ലേശമുള്ളത് അതല്ല സുനിശ്ചരാം വളരെ വളരെ നടപ്പാക്കാൻ ക്ലേശമുള്ളതാണ് ഇ നാം മന്യെ യോഗചര്യം അനാത്മന ആത്മകത്വം പിടികിട്ടാത്ത ഒരാൾക്ക് ഈ യോഗമൊക്കെ അഭ്യസിക്കാം പക്ഷേ അതുകൊണ്ടൊന്നും മനസ്സിന് കാര്യമായ ഏകാഗ്രത്തിലോ സത്യദോധമോ ഉണ്ടാവില്ല എന്നാണ് ഉദ്ധവരുടെ അഭിപ്രായം അതുകൊണ്ട് എന്ത് വേണം യഥാഞ്ജസാഭുമാൻ സിദ്ധേയത് ഇപ്പോ എനിക്ക് ഭഗവാനെ കറമ്പം എനിക്കിനീ യോഗാഭ്യാസമൊന്നും ചെയ്ത് വളരെക്കാലം കഷ്ടപ്പെട്ട് ഭഗവാനെ കാണാനൊന്നും പറ്റില്ല യഥാഞ്ജസാഭുമാൻ സിദ്ധേയത് ഇപ്പൊ കാണണം തന്മയെ ബ്രൂഷ്യഞ്ച സച് അങ്ങനെ നല്ല മാർഗങ്ങളുണ്ടെങ്കിൽ അല്ലയോ കൃഷ്ണൻ ഇപ്പൊ എനിക്ക് പറഞ്ഞു തരുമോ വളരെ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്താ അങ്ങനെയൊക്കെ പറയാം പറയാൻ എന്നുവെച്ചാൽ ഞാൻ വളരെയൊക്കെ പരീക്ഷിച്ചു നോക്കി പലരുടെയും അടുത്തുപോയി ഒക്കെ ശ്രദ്ധിച്ചു നോക്കി പക്ഷേ പ്രായശുണ്ടരീകാക്ഷ യുഞ്ചന്തോ യോഗിനോ ജന വിശീലം വ്യസമാധാനാ മനോനിഗ്രഹകർഷിപ്പിക്കവാറും അല്ലെ പുണ്ഡരീകാക്ഷ യുഞ്ചന്തോ യോഗിനോ ജന യോഗിമാർ ഈ മനസ്സിനുഗ്രഹിച്ച് ഏതെങ്കിലും ഉപായം കൊണ്ട് മനസ്സിന നിഗ്രഹിച്ച് ഉള്ളിൽ ഏകാഗ്രപ്പെടുത്താൻ കഠിനപ്രയത്നം ചെയ്യുന്നു എന്നിട്ട് വിഷീകണ് വല്ലാണത് വിഷമിക്കുന്നു അസമാധാനാത് വെട്ടും ശ്രമിച്ചിട്ട് മനസ്സ് വയങ്ങാത്തതുകൊണ്ട് വളരെ ദുഃഖിക്കുന്നു അസമാധാനാ മനോനിഗ്രഹകർഷ്യത മനസ്സിനെ നിഗിക്കാൻ ശ്രമിച്ച് ക്ലേശിച്ച് ശരീരമൊക്കെ ക്ഷീണിച്ച് വളരെ ഉത്സ്യം പ്രതീക്ഷിക്കുന്നു ഇതുകൊണ്ടും യോഗാഭ്യാസം മോശമാണെന്നോ ഒന്നുമല്ല യോഗാഭ്യാസം ശരീരത്തിനും മനസ്സിനുമൊക്കെ നിശ്ചയമായും ആരോഗ്യമൊക്കെ പകർന്നു വരുന്നതാണ് പക്ഷേ ഈ ലോ യോഗാഭ്യാസം വളരെ പ്രചാരമായി നടക്കുന്നു പക്ഷേ സത്യബോധം സത്യാനുഭവം അതൊരു കാര്യമായി എത്ര പേർക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സത്യാനുഭവമല്ല എനിക്ക് പലരും എന്നോട് ഒന്ന് പറയാറുണ്ട് പത്ത് പേനട്ട് ധ്യാനം ശീലിക്കുന്നു സർ പതിനൊപ്പത് പത്തും ഇരുപതും കൊല്ലമായിട്ട് പക്ഷെ മനസ്സ് നിൽക്കുന്നില്ല മനസ്സ് വഴങ്ങുന്നില്ല എന്താ ചെയ്യുക ധ്യാനമൊക്കെ വളരെ നല്ലതാണ് ഇതിന് മനസ്സൂടെ വഴങ്ങാൻ എന്ത് ചെയ്യുന്നു കൃഷ്ണൻ തന്നെ പറയുന്നേ ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ജ്ഞാനം കൂടെ കൊള്ളു ധ്യാനം അതിവേഗം ഫലവത്താവും മനസ്സേകപ്പെടും പക്ഷെ അജ്ഞാനം ഇല്ലാതെ ധ്യാനം കൃത്രിമമായി ഏതെങ്കിലും ഉപായം കൊണ്ട് ശീലിച്ചുകൊണ്ടിരുന്നാൽ മനസ്സൊന്നും അങ്ങനെ വശപ്പെടുകയില്ല അതാണ് ഇദ്ധവികൾ പറയുന്നത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് പ്രാവശ്യത്തുണ്ടെങ്കിൽ യോഗിനായനഃ വിശീലും വ്യസമാധാനാ മനമോ നിഗ്രഹ കരശിത്ത ഇത് തന്നെയാണ് ഗീത ഈ ഇരുപത്തി ഒൻപതാം അധ്യായം ഏതാണ്ട് ഭഗവത്ഗീത ഈ പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ടാണ് ഏകാദശ ഭാഗവത ഭഗവത്ഗീത എന്ന് നമ്മൾ പേരിട്ടത് അർജുനും ഇത് പറയുന്നുണ്ട് ആറാം അധ്യായത്തിൽ അല്ലെ കൃഷ്ണ യോ എൻ യോഗസ്ഥയാ ശീലന ഏതശ്യാഹം നശ്യാമി ചഞ്ചലത്വ സ്ഥിതി സ്ഥിരമാണ് അങ്ങേ ഈ മനുഷ്യന്റെ സമല്ല എന്ന യോഗമൊക്കെ പറഞ്ഞല്ലോ പക്ഷെ അതിനൊരു സ്ഥിരത വരാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏതശ്യാഹം നപശ്യാമി ചഞ്ചലത്വ സ്ഥിതി സ്ഥിരമാണ് മനസ്സത്ര ചഞ്ചലമാണ് ഇതാണേ നമ്മളിത് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ യോഗാഭ്യാസമൊക്കെ നിശ്ചയമായും നല്ലതാണ് അതൊക്കെ ചെയ്യുക പക്ഷെ മനസ്സ് ഉപശമിച്ച് കിട്ടുന്നുണ്ടോന്നുകൂടെ നോക്കുക എന്താ മനസ്സിന്റെ ഉപശമ രാഗദ്വേഷങ്ങൾ കുറഞ്ഞു തരിക അത് യോഗിമാർക്ക് കിട്ടുന്നുണ്ടോ യോഗാഭ്യാസം ജീവിതബോധമാക്കിയവർ പലരെ പലരെയും എനിക്ക് തരുവാമേ വളരെ കോധിഷ്ടന്മാരും രാഗദ്വേഷമയന്മാരുമായിട്ടാണ് പലപ്പോഴും കാണാറ് അതാണ് കുഴപ്പം അല്ല യോഗാഭ്യാസത്തിന് കുഴപ്പമൊന്നുമില്ല ചന്ദരം ഹിമന കൃഷ്ണ ബ്രഹ്മാസിബിലവൃഷം തശാഹം നിഗ്രഹം മന്യേ വായോരിവസുതുഷ്കരം ഈ മനസ്സിനെ പിടിച്ചു കൃഷ്ണ വായുവിനെ പിടിച്ചു കെട്ടും പോലെ വളരെ ദുഷ്കരമാണ് എന്താ പ്രമാസി ഭവത് നമുക്ക് വേണ്ട പക്ഷെ അത് എവിടുന്നു വന്ന് ഇളക്കി മറിക്കുന്നു മനുഷ്യനെയും ഏടിനാരെന്ന് കരുതുന്നവരെ പോലും ഇളക്കി മറിക്കുന്നു ഭാഗവതത്തിലൊക്കെ എത്ര എത്ര ദൃഷ്ടാന്തം അമ്പരീശ്വരത്തിലും മറ്റും ഗുരുവാസ വായ യോഗിയാണ് ചെറിയ ഓസം ചെറു തലമുടി എടുത്ത് തലയിലടിച്ചാൽ കൃത്യ ഉണ്ടാവും അവൽക്കരം എന്ത് പക്ഷെ അംബരീഷന്റെ മുമ്പിൽ അദ്ദേഹം ദയനീയമായി പരാജയമടയുന്ന കാഴ്ചയാണ് ഭാഗവതം അംബരീഷയിൽ എന്ന് അയച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് കോപത്തിലടക്കാൻ ഇപ്പോൾ ഇത്ര കഴിയുന്നില്ല തീവ്ര കോപ്പി അതിനിസ്സാര കാര്യത്തിന് ഭയങ്കര കോകും അമ്പരീക്ഷൻ ഒരു തുള്ളി വെള്ളമാകട്ടോ കുടിച്ചു ഇദ്ദേഹത്തെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടോ ഉണ്ണാൻ താമസിച്ചപ്പോ ഒരു വെള്ളം കുടിച്ചു അതിനാണ് തലമുടി തറയിൽ അടിച്ചു കരുത്തി കഴിഞ്ഞിട്ടും ഉണ്ടാക്കുന്നത് അത് സാരമില്ലടും വെള്ളമല്ല ഒരു ചോറ് ഉണ്ടാലും നമുക്ക് പോയി എന്ന് പറയാനുള്ള മനോഭാവം ഇതല്ല ഇവിടത്തെ മകളുണ്ടല്ലേ അവർ പരീക്ഷിക്കുന്ന ശബിച്ച കൊച്ചൻ മണിപാലൻ അവര് വലിയ സിദ്ധിയാണ് ഇതൊക്കെ ഈ ധ്യാനം കൊണ്ട് കിട്ടുന്നതാണ് സിദ്ധിയൊക്കെ എല്ലാ സിദ്ധിയൊന്നും വളരെ ധ്യാനം കൊണ്ട് കിട്ടുമ്പോഴാണ് പക്ഷെ അതിന് അച്ഛൻ വളരെ ശാന്തം മകന് സിദ്ധിയുണ്ട് പക്ഷേ കോപമടക്കാൻ കഴിഞ്ഞില്ല അറിയുന്ന പരീക്ഷിത്ത് ഒരു സർപ്പശരീരം എടുത്ത അച്ഛന്റെ കൈത്തിരി തൂളി എന്നറിയുന്നതിന് മുൻപാണ് കോപം കൊണ്ട് തുള്ളിച്ചാടി ആ രാജാവിനെ സർപ്പം കളിക്കട്ടെ എന്ന് ശ്രദ്ധിക്കുക ചെയ്തു ഞാനീ പറയുന്നത് മറ്റെല്ലാം നല്ലത് എന്തൊക്കെ ആധ്യാത്മികമായി ചെയ്യാൻ കഴിയുമോ നാമാജകം മുതൽ എല്ലാം നല്ലത് ഭഗവാൻ സർവത്ര നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ഉള്ളിലും പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം എന്നും സ്വയം പരീക്ഷിക്കണം നമ്മുടെ മനസ്സ് പാകപ്പെടുന്നുണ്ടോ രാഗദ്വേഷങ്ങൾ കുറയുന്നുണ്ടോ ഉള്ള അന്തശീലത പെരവുന്നുണ്ടോ ഇതൊക്കെ നോക്കി മുന്നോട്ട് പോയെങ്കിലേ ഈ ആധ്യാത്മികത നടക്കും അതിനുമുണ്ടാക്കണം അതാണ് ഇപ്പോൾ ചോദിച്ചോ എനിക്കിനിപ്പോഴൊന്നും കഴിയില്ല ഇപ്പൊ എനിക്ക് ഭഗവാനെ കിട്ടണം അല്ലേ കൃഷ്ണ വലിയ മാർഗമുണ്ടോ കൃഷ്ണൻ പറയുകയാണ് ചിരിച്ചുണ്ട് കൃഷ്ണനെ ഞാനൊക്കെ ഉദ്ദേശിച്ചു ഇടയ്ക്കിടയ്ക്ക് പലതും പറഞ്ഞു ഈ ഏകാദശത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകം മതിയൊക്കെ പറഞ്ഞ് വിസ്തരിച്ച് പറയുന്നുണ്ട് അതൊക്കെ എന്താ അതൊക്കെ ഉത്തരവ് ചോദിച്ചു പറഞ്ഞു ഇടയ്ക്കിടക്ക് ഈ പരമസത്യം ആവർത്തിക്കും എന്തു പറയുന്നാലും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കും ബാക്കി പറയുന്നതൊക്കെ എന്താ ഗീതയിലും ഓരോ ഗ്രഹം ഓരോന്ന് ചോദിക്കുന്നു അവർ പറയുന്നു അത്രേ ഉള്ളൂ രണ്ടാകൃഷ്ണൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇപ്പോ ഈശ്വരനെ കാണണം മഴയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ആരെയാണ് നീ എന്ത് കാണുന്നതും ഈശ്വരനാണ് കാണുന്നത് കഷ്ടം നീ എന്താ അത് അറിയാത്തത് അറിഞ്ഞാൽ മാത്രം അത് മേശയെ മേശ എന്താണെന്നും ആലോചിച്ച് തീരുമാനിക്കൂ കാണുന്നതപ്പടി അങ്ങനെ എന്തിനു വിശ്വസിക്കുന്നു എന്താണെന്നും ആലോചിച്ച് തീരുമാനിച്ചു മേശ ഈശ്വരനാണ് ഈശാവാസനിധം സർവം എന്താ അപ്പൊ കാണുന്നതൊക്കെ ഈശ്വരനാണ് ഇനി അത് അറിയുന്നില്ല മാമേവ സർവഭൂതോ അതാണ് അത് ഉത്തവരെ എന്നെ തന്നെ സർവഭൂതേഷു ഈ ജഗത്തിൽ കാണുന്ന സകല കാഴ്ചകളും ബഹിരന്തരപാവൃത്തം ഇവ പുറമെന്നോ അകമെന്നോ ഒന്നും ഒരു മരവുമില്ലാതെ ഞാൻ നിറഞ്ഞു നിൽക്കുന്നു മാമേക സർവഭൂതേഷു ബഹിരന്തരപാവൃത്തം ഈ ക്ഷേത്ര ആത്മനിചാത്മാനം യഥാർത്ഥം അമലാമശിച്ച അതിഗംഭീരമായ ഒരു നിഷ്ഠാന് ചെയ്യുമ്പോഴാണ് എന്നെ തന്നെ എവിടെയും കാണൂ നിന്റെ ഉള്ളിൽ കാണൂ എന്നിട്ട് സർവത്ര കാണോ എന്നെ മാമേവ സർവഭൂതേഷു ബഹിരന്തര അപാവൃതം പുറത്തുമകത്തും ഒരു മറവുമില്ല ഇടവും ഒരു മറവും ബഹിരന്തരപാകൃതം ഈക്ഷേത്ര കാണു ആത്മനി ചാത്മാനം ഉള്ളിലും കാണും യഥാർത്ഥം അമരാശയങ്ങനെ ശുദ്ധ ഹൃദയം ആകാശത്തെ കാണും പോലെ കാണും ഒന്ന് ചിന്തിച്ചാൽ മതി ആകാശം ശൂന്യമായ സ്പേസ് നമ്മൾ കാണുന്നു ഈ ശൂന്യമായ സ്പേസ് ില്ലാത്ത സ്ഥലം എവിടെ സകലത്തിലി കണ്ണുണ്ട് കാൻ തന്നെ തീരുമാനിക്കാൻ അകയും പുറവും നിറഞ്ഞു നിൽക്കുന്നു ഈ മേശയിൽ ആകാശ അകയും നിറഞ്ഞു നിൽക്കുന്നു അകത്തും ആകാശമുണ്ടെന്ന് നോക്കൂ കുത്തിപ്പിടിച്ചു നോക്കൂ ആകാശമുണ്ടോ ഇല്ലയെന്ന് മേശിക്കകത്തും യഥാർത്ഥം അമലാശയ ആകാശമില്ലാത്ത ഒരു പോയിന്റ് എവിടെയാണ് ഈ മേശയിൽ തന്നെ ആകാശമില്ലാത്ത ഒരു പോയിന്റ് കാണിക്കൂ ഇല്ല അപ്പോ ആകാശമാണ് പുറമേ നോക്കിയാൽ ആകാശമാണ് മേശയായിട്ടിരിക്കുന്ന ഒരു പ്രത്യക്ഷത്തിൽ സ്പഷ്ടം ആകാശമാണ് മേശ എന്റെ വേറൊരു വസ്തുയോടുള്ളൂ എന്താ ആകാശമില്ലാതെ ഉണ്ടോ ആകാശമില്ലാത്ത ഒരു പോയിന്റ് എവിടെ ഉണ്ടെന്ന് കാണിക്കൂ ഈ മേശയിൽ എല്ലാ പോയിന്റിലും ആകാശമുണ്ടെങ്കിൽ മേശ ആകാശമല്ലേ സാറിൽ എന്തെന്നാ പറയുന്നത് ആകാശം മേശയായിരിക്കുന്നു അവരത് എന്ന് വന്നവരുന്നത് അല്ല നമ്മളത് വിളിക്കൂ യാത്ര ഇങ്ങനെ സാധിക്കും സാറേ ആകാശത്തിന് മനസ്സിയാൽ അത് സാധിക്കും എങ്ങനെ അതാണ് മായ നിങ്ങൾക്ക് പിടിയിട്ടില്ല പക്ഷെ അല്ല നിഗക്കൂ ആകാശം അല്ല മേശയായിട്ടിരിക്കുന്നതും സ്ഥലത്തു ഈ ശൂന്യ ആകാശം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ആകാശ ശരീരം ബ്രഹ്മ എന്നാണ് വംശത്തിന്റെ പ്രഖ്യാപനം ആകാശം എവിടെ ഞാൻ എൻ്റെ പല ഗംഭീരന്മാരായ ശാസ്ത്രജ്ഞന്മാരോടും ചോദിച്ച് സ്പേസ് വളർന്നത് ഈ സ്പേസ് എവിടെ നിൽക്കുന്നു പെട്ടെന്ന് അവർക്ക് ഉത്തരമില്ല അവരെ ഞെട്ടിപ്പോവാണ് അങ്ങനെ ഒരു ചോദ്യം അവരെ പ്രതീക്ഷിച്ചില്ല വേദാ സ്പഷ്ടമായിട്ട് പറയുന്നു ആകാശം എവിടെ ആകാശം ഉണ്ടെന്നറിയുന്ന ബോധത്തിലും നിൽക്കുന്നു അല്ലാതെ എവിടെ നിൽക്കാൻ പറയും പറ്റും ആകാശത്തിന് ബോധം ഉണ്ടെന്നറിയുവാനില്ലെങ്കിൽ ആകാശം ഇല്ല തീർച്ചയാണ് അപ്പോ ആകാശമായി കാണുന്ന ആ ശൂന്യ ഇടത്തിൽ സർവത്ര ബോധം എന്ന് നിൽക്കുന്നു ബ്രഹ്മത്തിന്റെ ശരീരമായിട്ടാണ് ആകാശത്തെ ഉപനിഷത്ത് പറയുന്നത് അപ്പൊ ആകാശമായി കാണുന്നത് ബ്രഹ്മമാണ് ബ്രഹ്മം ബോധം ബ്രഹ്മശരീരമാണ് ആകാശം ചിതാവകാശം എന്നാണ് നമ്മൾ പറയുന്നത് ശൂന്യാകാശമല്ല ചിതാകാശം ചിദംബരം നോക്കിയിട്ടില്ലേ ബോധാകാശം ആ ബോധാകാശത്തിലാണ് നിശ്ചലം ആകാശം തന്നെ അപേക്ഷിതമായി നിശ്ചലം അപ്പൊ നിശ്ചലമായ ചിതാകാശത്തിലാണ് ഇവർ വിന്ധിച്ച് ഈ ബ്രഹ്മാ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കുന്നത് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ ചിതാകാശമില്ലാത്ത ഒരു പോയിന്റ് ഇല്ല ആകാശമില്ലാത്ത പോയിന്റ് ഇല്ലല്ലോ അപ്പോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എന്താണ് ചിതാകാശം ആകാശം പക്ഷെ ശൂന്യാകാശമല്ല ശൂന്യാകാശത്തിന് എന്തെന്ന് പോലും ധരിക്കാൻ സാധ്യമല്ല ആ ശൂന്യാകാശം ചിതാവകാശമാണ് ചിതാകാശമാണ് അനന്ത ബ്രഹ്മണ്ഡങ്ങളായി കാണുന്നത് അത് ഞാൻ അറിവെ സ്പന്ദിച്ചു ആധുനിക ശാസ്ത്രത്തിന് ഇന്ന് അത്യന്തം സ്പഷ്ടം ഞാനറിവ് സ്പന്ദിച്ചു ണെന്നാണ് അന്തം ഘോഷിക്കുന്നത് ആ എമർജിയാണ് പിന്നെ പല ഫണ്ടമെന്റൽ എലവെൻസായി അനന്ത കോടി അനന്ത കോടി എന്ന് വെച്ചാൽ എത്ര ഉണ്ടാവും ഒരു ഹസ്റ്റി പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എത്ര ആയിരം കോടി ഏർ വർഷങ്ങൾക്കപ്പുറമുള്ള വെളിച്ചമൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഇതൊക്കെ എന്തോ പറയുന്നു ഇവളെ തുടങ്ങുന്നു ഓരോ നിശ്ചയമില്ല ആർക്കും നിശ്ചയമില്ല ഈ ചിതാകാശം ആണ് അനന്തതോട് ബ്രഹ്മാണ്ഡങ്ങളായി തീർന്നിരിക്കുന്നത് അതിൽ എനർജി സ്പന്ദിച്ചു എങ്ങനെ സ്പന്ദിച്ചു ഇവിടെയാണ് ചോദ്യം ധൈര്യം ഉണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിച്ച് അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും ചർച്ച ചെയ്ത് ഇനി ഇവരുടെ ഉത്തരം പറയൂ എങ്ങനെ സ്പന്ദിച്ചു ഈ നിശ്ചലമായ ചിലാകാശത്തും അത്യന്ത ചഞ്ചലമായ പ്രാണൻ എന്നർജി എങ്ങനെ സ്പന്ദിച്ചു സ്പന്ദിക്കാനൊക്കില്ല ചിലദേശം പോലും ചലനമില്ലാത്ത ഒരു വസ്തു നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഭാഗത്തും മറ്റുമല്ല ഒരു നല്ല ആലയിൽ ചുവടെ വെച്ച് തീരുമാനിക്കണം ഇവിടെ വെച്ച് തീരുമാനിച്ചാൽ നമ്മുടെ സക്കല ദുഃഖങ്ങൾ അതിലൂടെ മകലും ചില കാരണം ഇവിടെ ഒന്നുമില്ല ഈ നരതിൽ മുതൽ ഇങ്ങോട്ട് എന്തെന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധ്യല്ല കാണുന്നു അതാണ് ഒരൊറ്റത്തിലേ നിങ്ങൾ കാണുന്നില്ലേ സ്വപ്നം കാണുന്നില്ലേ അതിൽ നമ്മുടെ ഋഷിമാർ ചോദിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നില്ലേ എന്റെ ഒരു ചെറിയ മാടലാണ് സ്വപ്നം ജനന്തകുടി ബ്രഹ്മാഡങ്ങൾ ഇവിടെ ചിരാകാശത്തിൽ രൂപം കൊള്ളുന്നതിന്റെ ഒരു ചെറിയ മാഡലാണ് മനുഷ്യർ വാങ്ങുന്ന സ്വപ്നം ഉറങ്ങിക്കിടക്കുന്ന ആൾ ദേശകാലുൾപ്പെടെ എല്ലാം അത അൽ തെളിയുന്നു ഗംഭീരമായ പ്രപഞ്ചം അവിടെ ഓടി നടക്കുന്നു ഇവിടെ നടക്കുന്ന ഇപ്പൊ ജാഗ്രഹത്തിൽ നടക്കുന്നതെല്ലാം സംഭവിക്കുന്നു അവിടെ പക്ഷെ ആരുണ്ട് അവിടെ ഉണ്ടോ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നില്ല എങ്ങനെ അറിയാൻ തോന്നുമ്പോ ഒന്നുമല്ല ഞാൻ മാത്രം ഞാൻ മാത്രം അത്രയേ ഉള്ളൂ ഇത് ഇവിടെ വെച്ച് ആലോചിച്ച് തീരുമാനിക്കുക ഒന്നും ഒന്നും ഇല്ലെങ്കിലും ബാക്കിയൊക്കെ അവിടെ ലഭിച്ചത് സംഭവിക്കാൻ പറ്റുമോ അഖണ്ഡവും അനന്തവും നിശ്ചലവും ആനന്ദസ്വരൂപവുമായ ബോധത്തിൽ ആകാശം ശീതാകാശത്തിൽ എനർജി മുതൽ ഇങ്ങോട്ടുള്ള പ്രപഞ്ചഘടകങ്ങൾ ഉണ്ടായി മറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളെ ഋഷീശ്വരന്മാർ ഇത് മായ ഇതാവസ്ഥയിലൂടെ തോളം ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്ന സ്വപ്നം കാണുന്നത് പോലെ മായ മരുമരുകയും ചെയ്യുക മരുഭൂമിയിൽ വെള്ളം കാണുന്നത് പോലെ കാണുന്ന കാഴ്ച ഏമിയുടെ ഘട്ടത്തിൽ തന്നെ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തോട്ട് സംശയമുണ്ടല്ലോ സംശയമില്ല അതുകൊണ്ടാണ് കൃഷ്ണൻ ൂ ചിതാകാശം ചിതാകാശമില്ലാത്ത ഒരു പോയിന്റ് അനന്ത കോഴ് ബ്രഹ്മാണ്ടങ്ങളില് ഓരോ അങ്ങനെയാണെങ്കിൽ അനന്തയോ ബ്രഹ്മാണ്ടങ്ങളായി കാണപ്പെടുന്നുണ്ട് ചിതാകാശം അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ വന്ന ബ്രഹ്മം ചിതാകാശം ബ്രഹ്മം ചിതാകാശങ്ങളും സർവം ജഗദിത്യേവന് യുശാന്തന്ത സബ്രഹ്മസുഖി എന്നാണ് വശിഷ്ഠൻ രാമനോട് ഇന്ന് രാമായണം വായിച്ചു കേട്ടില്ലേ ആ രാമനോട് പറയുന്നത് എടോ രാമ ചിലകാശമയം സർവം ജഗത് ഈ യോഗത്തിനുള്ളൻ ഇനിയും കുറേ അവർ കോടിക്കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകട്ടെ ഒരു രസമില്ല ണ്ടായെന്ന് തോന്നട്ടെ അതൊക്കെ തന്നെ ചിതാകാശമെയ്യൂ ഭാവന ചെയ്യൂ എന്ന് വെച്ചാൽ സത്യം ഭാവന ചെയ്യൂടെ മേശയുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് അതൊക്കെ വിട്ടിട്ട് അതൊന്നുമില്ല അതൊന്നും ഉണ്ടാകാൻ ഒക്കില്ല ഈ ഭാവന ചെയ്യൂ ഈ ഇല്ല ഉണ്ടാകാനൊക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇവിടുന്ന് ഒളിച്ചോടനാണോ ഭയക്കണമെന്നൊന്നുമല്ല സുഖമായിട്ട് ജീവിക്കൂ ഈ തത്വം ഉറപ്പിച്ചുകൊണ്ട് ഇതു വിട്ടേ ദുഃഖം ഇത്രയേ ഉള്ളൂ ഇത് ഇവിടെ എന്തെങ്കിലും പ്രത്യേകം പ്രത്യേകം ഉണ്ടെന്ന് തോന്നിയോ ദുഃഖിക്കാതെ മരിക്കാനേ സത്യമല്ല രണ്ടുണ്ടെന്ന് തോന്നുന്നവൻ ദുഃഖിച്ച് ദുഃഖിച്ച് തന്നെ മരിക്കും ഈ ഭാഗതത്തിൽ കതിലനും ഒക്കെ നമ്മളോട് അത് ഏർ എക്കരോത്യന്തോദരം തസ്യ ഭിന്നശോ മൃത്യുർവിദേ ഭയൻ ഉണ്ടം കപുലൻ അമ്മയോട് പറയണം ആ നമസ്റ്റ പരസ്യാവി ഒരിക്കും തനിക്കും മറ്റൊന്നിനും എക്കരോത്യന്തരോദരവും അല്പമെങ്കിലും ഭേദമുണ്ടെന്ന അമ്മേ ആരെങ്കിലും കഥമുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും മരണഭയം അവസാനം വരെയുള്ള തുടർന്നുകൊണ്ടിരിക്കണം ആത്മനഷ്ടോദരം തസ്യ ഭിന്നൃശവോ ഭിന്നതിക്കാവ് ഞാൻ വരവൻ വര ഭി മൃത്യുദയം ഉണ്ടെന്നും ആതിലത്തെ ഭയം മൃത്യുണ്ടാക്കും ഇത് എളുപ്പമല്ലേ ഇത് തരുന്ന ഒന്നും വീണ്ടും നോക്കണ്ട അപ്പൊ ഇവ എന്തിന് നാളെ അടുക്കളയിലേക്ക് അതേണ്ട അങ്ങനെ ഒന്നുമില്ല ആ ഫീസിൽ പോണ്ടാവ ഇവിടെ ഒന്നുമില്ല സാർ ഇവിടെ ഒന്നുമില്ലെന്ന് തീരുമാനിച്ചാൽ അങ്ങനെയല്ല തീരുമാനം ആയ തീരുമാനം ആയെന്നുണ്ടാണ് തീരുമാനിച്ചാൽ അതുകൊണ്ടും അതൊന്ന് തീരുമാനിച്ചു നോക്കൂ അല്ല അതുകൊണ്ടും തരുമോന്നറിയോ ഇവിടെ ഒന്നുമില്ല മനസ്സിനെ പൂർണ്ണ ബ്രഹ്മനിഷ്ഠമാക്കി ആനന്ദിക്കൂ എന്തെങ്കിലും ഉത്തം വരെ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടത് ചെയ്യാതിരിക്കാം ആ സ്വാതന്ത്ര്യമാണോ പിന്നെ അപ്പോ ആരാണോ ഭിന്നതിക്കായി കാണുന്നവൻ തസ്വ ഭിന്നദൃശോ മൃത്യുരൂപതയെ ഭയമിടും എന്നാണ് കതിലൻ നമ്മളുടെ ഈ ഭാഗവതത്തിൽ പറഞ്ഞു കേൾപ്പിക്കുന്നത് അതോ ഇത് ചിതാവശമായ എന്ത ആർക്കെങ്കിലും സംശയമുണ്ടോ ഉണ്ടാകാൻ ഒക്കെ ഇല്ല നിശ്ചയമാണ് ബുദ്ധിക്ക് പിടിയിട്ടേ പിടികൂട്ടിയേ ചിതാവ് ആശം ഇല്ലാത്ത ഒരു പോയിന്റ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല നല്ലതിലോ ചീത്തയിലോ ഒന്നും പ്രശ്നമില്ല സർവം ചിതാക്ക അത് ഭാവന ചെയ്ത് നിൽക്കുന്ന ചിതാവ് ആശങ്ക സർവീറ്റ ഭാവൻ ിഷ്ടത്യവശാന്തോ അന്ത അവന്റെ മനസ് ഉപശാന്തുന്നു വശാന്തന്ത സ ബ്രഹ്മകവ സുഖി അവൻ ബ്രഹ്മകവശം അണിഞ്ഞു നിൽക്കുകയാണ് ഈ യുദ്ധക്കളത്തിൽ ഈ സംസാരം എന്ന് പറയുന്ന യുദ്ധക്കളത്തിൽ ബ്രഹ്മകവശം അണിഞ്ഞു നിൽക്കുകയാണ് അവരങ്ങനെ യാതൊന്നും ഭയപ്പെടാനില്ല ഇവര് അപ്പോ ഇറപ്പോ ഉറപ്പായി ഇനിശയിൽ ബ്രഹ്മത്തെ കാണാൻ എന്താ തടസ്സം എന്നോട് വല്ലതും പറയുന്നുണ്ട് സാറ് പറയുന്നതിനോട് ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ കാണാൻ പറ്റുന്നില്ല സാറ് ഇടയ്ക്കിടയ്ക്കൊക്കെ മാറും സാരും കൃഷ്ണനും പറയുന്നുണ്ട് ക്കുമ്പോൾ ആവർത്തിച്ചുറപ്പിക്കുന്നു ഈ സഹസ്ത്ര സത്യം ആവർത്തിച്ചുറപ്പിക്കൂ അഥ ചിത്തം സമാധാനത്തും നശക്നോഷമായി സ്ഥിരം അഭ്യാസയോഗേ നോ മാണിച്ഛാത്തം പരന്ത എന്താ പന്ത്രണ്ടാം അധ്യായത്തിൽ ഗീത ഭഗവാൻ പറയുന്നു ഇവിടെയും മയ്യേര മമനാഥസ്സ മൈ ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അതേ ഊർത്തുന്ന സംശയ നീ ഈ സത്യം ശാസ്ത്രീയമായി ഗ്രഹിച്ച് മയ്യേ മനാഥസ് മനസ്സെങ്കിൽ ഉറപ്പിക്കുക കാണുന്നതൊക്കെ നാം തന്നെ ഒന്ന് ഉറപ്പിക്കൂ മയ്യ ബുദ്ധി ബുദ്ധിയെങ്കിലുറപ്പിക്കൂ എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിന്റെ പരമലക്ഷ്യം ഇത് പൂർണ്ണമായി അനുഭവിച്ച് ഈ ശരീരം വിടുവാന്നുള്ളതാണ് എന്നുറപ്പിക്കൂ അങ്ങനെ മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിക്കുമെങ്കിൽ നിവശിഷ്യസി മൈവ ഈ ജഗത്തിൽ നീ എന്നിൽ തന്നവർത്തിക്കും നിവശിഷ്യസി മൈവ അത് ഊർദ്ധം സംശയ ലേശവും സംശയം വേണ്ട അർജുന പക്ഷെ ഭഗവാനെ അത് പറ്റുന്നല്ലല്ലോ തൻ തലത്തിൽ ആ സ്ഥിതി സ്ഥിരം സ്ഥിരമായ സ്ഥിതി മനസ്സിന്റെ ചങ്കരത്വം കൊണ്ട് സാധ്യമാവുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിലും അഥചിത്തം സമാധാത്തം നശക്നാവശിയായി സ്ഥിരം അഭ്യാസയോഗേന തത്തോ വേറെ വേറെ ഇനി ഇത് ശാസ്ത്ര സത്യം ശാസ്ത്ര സത്യം ഉറപ്പിക്കുന്നതിന് എവിടെയെങ്കിലും ചെയ്ത് ഒരു യജ്ഞം ചെയ്യും ചെയ്താൽ ഉറക്കുന്ന സ്ഥലപ്പറ്റില്ല അത് നിങ്ങളും ബോധപൂർവം നിങ്ങളുടെ മനസ്സിന് ആവർത്തിച്ച് അഭ്യസിച്ചുറപ്പിക്കും അല്ലാതെ കൃഷ്ണന്റെ തലയിൽ കഴിവച്ചിട്ടല്ലുണന നിനക്ക് ഉറപ്പു എന്നറിയുന്നു ഒരിക്കലും സാധ്യമല്ല അതാണ് ഇതിന്റെ അർജുന ആ സാരമില്ല ആവർത്തിച്ചുറപ്പിക്കൂ അഭ്യാസ കൊണ്ട് അഥചിത്തം സമാധാതം നശക്നോഷ മൈ സ്ഥിരം അഭ്യാസയോ പരന്തപ്പ പരന്തപ്പീ വല്യ ശത്രുക്കളെ ഒക്കെ ജയിക്കാൻ കയ്യിലുള്ള വലിയ കേരളമല്ലേ എന്താ നിന്റെ മനസ്സിന് ഇങ്ങനെ പിടിച്ച് ചിലക്കങ്ങനെ നിനക്ക് പറ്റുന്നില്ലേ പിന്നെ നിന്റെ പരന്തവത്വം ഇവിടെ ആർക്കെന്ത് പ്രയോജനം അർജുന നിനക്ക് നിന്റെ മനസ്സിന് ഓന്ന് പിടിച്ച് അത് ഉറപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നിന്റെ ഭാഗമാണ് പരണ്ടവ കുറച്ചൊക്കെ ധന്യാത്മകമായ ഒരു സംബോധനയാണ് ഇതാണ് കൃഷ്ണൻ പറയുന്നത് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഓധരെ നിങ്ങൾക്കിപ്പൊ ഈശ്വരനെ കാണുമല്ലേ മടയാ നീ വിചാരിച്ചാൽ പോലും ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നിനും കാണാൻ സാധ്യമല്ല പക്ഷേ നീ അതറിയുന്നില്ല നീ സത്യം വിചാരിക്കാതെ നിന്റെ തോന്നിവാസ എന്തൊക്കെയോ വിചാരിച്ച് എന്തൊക്കെയോ കാണുന്നു അതിന് ഞാൻ ഉത്തരവാദിയാണോ നിനക്ക് ഇപ്പൊ കാണിപ്പൊ കണ്ടവ സർവഭൂതേഷു ബഹിയിൽ അന്തരപാവൃത്തം ഒരു മറവുകളെന്തെ ഈ ആകാശം സൗരവസ്തുക്കളിലും കാണാൻ എന്താ ബഹിരന്തരബാധിതം നിരീക്ഷേത്ര ആത്മനിചാത്മാനം യഥാർത്ഥം എങ്ങനെയാണോ ആകാശം അമലാശയ ഒരു ചിത്തശുദ്ധിയുള്ള ഒരാൾ ആകാശത്തെ എങ്ങനെ കാണുന്നു അതുപോലെ കാണുന്നു അങ്ങനെയാണോ ഭഗവാനെ ആ അങ്ങനെയാണോ ഇനി സർവാണി ഭൂതാ ഗംഭീരമായ ബ്രഹ്മദർശനം ശുദ്ധജ്ഞാനാഭ്യാസമാണ് ഈ ഇരുപത്തൊൻപതാം അധ്യായത്തിലെ പ്രതിരോധം ഇതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ഈ അനുഭവ നേടാനുമുള്ള വ്യഗ്രതയാണ് ഭക്തി എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഒരു ഭാവം എന്താ ഈ ലക്ഷ്യം നേടാനുള്ള വ്യഗ്രത സ്നേഹം സ്നേഹം വളർത്തി വളർത്തി സ്നേഹിക്കുന്ന ആളിലെത്താനുള്ള വ്യഗ്രതയാണ് സ്നേഹം അതുകൊണ്ട് ഭക്തി അത്ഭുതം തന്നെ പക്ഷെ ഭക്തി ലക്ഷ്യമല്ല ഭക്തി ലക്ഷ്യമല്ല നമ്മൾ വീട്ടിലെത്താൻ ഒരു ടാക്സി വിളിച്ചു അത് വേണ്ട ഒരു ടാക്സി ടാക്സി ഇല്ലാതെ വീട്ടിലെത്താൻ പറ്റില്ല പക്ഷെ ടാക്സിയാണോ വീട് ടാക്സിയെ വീടൊന്ന് തെറ്റിദ്ധരിച്ചാൽ അത് വീട്ടിൽ തമ്പിട്ടോ വീട്ടിലെത്തിയാൽ പിന്നെ ടാക്സി ആവശ്യമുണ്ടോ ഈ ബ്രഹ്മനോഷ്ടപ്പെ സർവത്ര ഈശ്വരൻ അവിടെ പിന്നെ ഈശ്വരനെ കാണാനുള്ള വ്യഗ്രത വേണ്ട എവിടെയാണ് ഈശ്വരൻ പിന്നെ ഈശ്വരനെ കാണാൻ എന്താ വ്യഗ്രത ഇത് സർവേഷു ഭൂതേഷു മദ്ഭാവയെ മഹാദ്യെ ഇത് സർവാണി ഭൂതാണി മദ്ഭാവേന മഹാദ്യുത്തെ സഭാദേവൻ മന്യമാനോ ജ്ഞാനം കേവലമാശ്രിത ഇതൊക്കെ ഭാവണം അതെന്താ ജ്ഞാനം എവിടെ പറയുന്ന ജ്ഞാനം കേവലമാശ്രിത ആശ്രയിച്ചുകൊണ്ട് ഇത് സർവാണി ഭൂതാമി മദ്ഭാവേന എടോ ഉദ്ധവരെ എല്ലാ ജീവികളിലും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല കാഴ്ചകളിലും എന്നെ കാണൂ സഭാതെ മനസ്സുകൊണ്ട് കാണൽ ഉറക്കുന്നത് വരെ മനസ്സുകൊണ്ട് സഭാതെ മന്യമാണ് അവയൊക്കെ പീതാഭാവത്തോടുകൂടി കരുതൂ ഇതാണ് കഥലും നമ്മളോടും പറയുന്നത് ഒക്കെ ഈശ്വരനാണമ്മ എന്ന് പറഞ്ഞ അമ്മ ഇപ്പോ ഓടിൽ കൂടി ഒരു പട്ടി നടന്നു പോയാൽ ഓടിപ്പോയി പട്ടിയെ ബണ്ഡ നമസ്കാരം ചെയ്യുമെന്നും വേണ്ട അമ്മ തൊഴുത് വേണമെങ്കിൽ കൈ കൊണ്ട് ആ ഈശ്വരൻ ജീവരൂപത്തിൽ ഈശ്വരൻ പ്രവേശിച്ചിരിക്കുന്ന ഒരു ശരീരമത നടന്നു പോകുന്നു ഭട്ടിയാവട്ടെ പൂച്ചയാകട്ടെ മനസ്സീതാനി ഭൂതാനി പ്രണമേ ബഹുമാനയൻ അമ്മ പറയുകയാണ് മനസ്സുകൊണ്ട് ഈ കാണുന്ന സകല കാഴ്ചകളെയും ഇത് വളരെ ശ്രദ്ധിക്കുന്നതാണ് ആരും അറിയണ്ട വീട്ടിലെ ഒരുപോലും വേണമെങ്കിൽ ഇതൊക്കെ അങ്ങനെയൊക്കെ ഞാനിപ്പൊ തുള്ള കുറച്ചിലാവില്ലേ എന്റെ കൂടെയുള്ളവർക്ക് എന്ത് വിചാരിക്കും ഇത് അടുത്ത് ഇനിയിപ്പോ കൃഷ്ണ ഉദ്ധവരോട് പറയാൻ അങ്ങനെയൊക്കെ വിചാരമുണ്ടെങ്കിൽ ഉറപ്പ് വരുന്നത് വരെ ആരോടും പറയണ്ട മനസ്സിലാനുഭൂത അനുഭമേ മനസ്സുകൊണ്ട് എത്ര ഗംഭീരമായി പാകൃത്തം ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു നമുക്കേത് തരത്തിലും പരിശീലിക്കാൻ തക്ക ആരും അറിയണ്ട പക്ഷേ നമ്മൾ പരിശീലിക്കില്ല എന്ന് വെച്ചാൽ മനസ്സിൽ താനുഭൂത്താന് പ്രണമി ബഹുമാനയൻ എങ്ങനെ ഈശ്വരോ ജീവകലയാപ്രവിഷ്ടോ ഈശ്വരൻ ജീവരൂപത്തിൽ ആ ശരീരത്തിൽ അമീബം വരിൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള ശരീരത്തിൽ ജീവാംശമായി ഈശ്വരൻ കടന്നു നിൽക്കുന്നു അമ്മേ അത് കണ്ടിട്ട് മനസ്സുകൊണ്ട് പ്രണമിക്കുക മനസൈതാനുഭൂതാനു പ്രണമേ ബഹുമാനയൻ ഈശ്വരോ ജീവകലയാപ്രവിഷ്ടോ ഭഗവാൻ ഇതി ഈശ്വരൻ ഭഗവാൻ പല പേര് ആ ഭഗവാൻ കടന്നു നിൽക്കുന്നു അതുപോലാണ് ഇവിടെ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത് ഉദ്ധവരെ ഇതി സർവാനുഭൂത്താന് മദ്ഭാവേന മഹാത്യത്തെ സഭായൻ സഭാജയൻ എന്നുവെച്ച പൂജാഭാവത്തിൽ കണ്ട് മന്യമാന അതില് ഉറുമ്പെന്നോ സൂര്യനെന്നോ ചന്ദ്രനെന്നോ ഓരോ വ്യത്യാസമില്ല സഭാജയൻ മന്യമാന ഏ അത് ഞാൻ എങ്ങനെ വിചാരിക്കും കൃഷ്ണ ജ്ഞാനം കേവലമാശ്രിത ഞാനീ പറഞ്ഞ ജ്ഞാനം ആകാശം സർവത്ര നിറഞ്ഞു അതുപോലെ ചിരാകാശം ആർക്ക് സംശയിക്കാൻ കഴിയും സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്ന് കേവല ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് സഭാദിയൻ മന്യമാന ജ്ഞാനം കേവലം ആശ്രിത കേവലം ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് അലോജോ അമീലമുഖൻ സകല പ്രപഞ്ചഘടകങ്ങളെയും പൂജാഭാവേന നോക്കിക്കണ്ട് നോക്കിക്കണ്ട് സകല യൂജാലങ്ങളെയും എന്നൊക്കെ പറഞ്ഞാൽ യന്ത്രകൃഷ്ണാർത്ഥം ബ്രാഹ്മണേ പുൽക്കസേ സ്ഥേനെ ബ്രഹ്മൺ ഞർക്കേജേ അക്രൂരേ ക്രൂരകേ ചെയ്യുക സമതൃ പണ്ഡിതോ മത്ത പറ്റുതങ്ങി നോക്കുക കൃഷ്ണൻ ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ ഇത് തന്നെ പറയുന്നത് ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ ബ്രാഹ്മണനിൽ വിദ്യാവിനെ സമ്പന്നനായ ബ്രാഹ്മണനിൽ പുൽക്കസയെ അച്ഛൽക്കസൻ പട്ടിയിറച്ചി തിന്നുന്ന ചണ്ടാലൻ ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ കള്ളൻ അപ്പൊ ബ്രാഹ്മണനെയും ചണ്ടാലനെയും കള്ളനെയും ഒക്കെ ഒരുപോലെ കാണണമെന്നു അത് എവിടെയാണ് വ്യത്യാസം ശരീരത്തിനും പഞ്ചഭൂതം അവർ പോലും വ്യത്യാസമില്ല ബോധമാത്മാവ് എല്ലാവരിലും തുല്യം പിന്നെ ബ്രാഹ്മണനായും പുൽക്കസനായും ഒക്കെ പ്രവർത്തിക്കുന്നതോ വെറും ഒരു ഭ്രമം കർമ്മം കർമ്മം ഭ്രമം ഇത് ഉദ്ധകരോട് ആദ്യം പറഞ്ഞതല്ലേ കർമ്മ അകർമ്മ വികർമ്മേതി ഗുണദോഷത്തിയോ ്രമ ഭ്രമം എന്ന് നേരത്തെ പറഞ്ഞതല്ലേ ഈ ഭ്രമത്തിൽ തന്നെ അന്തിമകാലം വരെ കഴിഞ്ഞുകൂടിയാലോ ഞാൻ നല്ലതാ മതി കേട്ടില്ലേ ഞാൻ ബ്രാഹ്മണനാണ് അക്ഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒക്കെ ഈ ജലത്തെ ശരീരത്തെ അത് ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു നമ്മളെ ആചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുകയില്ലേ അതിനെ ആശ്രയിച്ച് അവസാനം വരെ കഴിഞ്ഞാൽ വിവേകം വേണ്ട ദുഃഖിക്കും കരഞ്ഞ് പിടച്ച് മരിക്കാനേ പറ്റൂ ചിലർ കരയുന്നില്ലെങ്കിൽ ഉള്ളിൽ അത്രയും അങ്ങോട്ടും അങ്ങോട്ടും മരിക്കുകയാണ് എന്നുവെച്ചാൽ ഒന്നും പിടിയില്ല സകല തന്നെ നഷ്ടപ്പെടുന്നു ശരീരം തന്നെ നഷ്ടപ്പെടുന്നു നിലമുറിച്ച് ഈ സത്യം എന്ന് പറഞ്ഞാൽ മരണം എന്ന് കേൾക്കുമ്പോ പിഞ്ചിരിക്കും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ അദ്ദേഹത്തിനുണ്ട് മരണം അതുകൊണ്ട് ഉത്തവരെ ബ്രാഹ്മണേ പുൽക്കസേ സ്ഥേനെ ബ്രഹ്മർക്കേ സ്ഫുലിംഗ് ബ്രഹ്മാവിൽ അർക്കേ സൂര്യനിൽ സ്ഫുലിംഗ് ഒരു ചെറിയ തീപ്പരിയിൽ അക്രൂരേ ക്രൂരകെ ചെയ്യുക ക്രൂരനിൽ അക്രൂരനിൽ ക്രൂരകേ ചെയ്യുക സമദൃക് സമതൃക്കാവൂ എന്ത് സമതൃക്ക് സർവം ബ്രഹ്മമയം ഇതവനവൻ്റെ ആവശ്യം പുറമേ ഇത് കാണിക്കണമെന്നില്ല പുറമേ നാടകം ക്രൂരനെ പറ്റുമെങ്കിൽ പറ്റൂ ശരീരത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ക്രൂരനെ ശിക്ഷിച്ച് നേരെയാക്കൂ വരും നാടകം മനസ്സിലപ്പോഴും ഒരുമിച്ചോളൂ ക്രൂരനും ഞാനും ഒരേ ബ്രഹ്മ വസ്തു എന്താ പിന്നെ ഇങ്ങനെ ഞാൻ മഹാദേവൻ മറ്റും ചെയ്തതുപോലെ നമ്മൾ തന്നില്ലേ മഹാബലിക്ക് നല്ല ഉറപ്പ് ഞാനും ദേവന്മാരും ഒക്കെ തുല്യം പക്ഷേ എന്റെ അസുരവേഷം അവരുടെ ദേവവേഷം ഞങ്ങൾ ഈ പ്രപഞ്ച നാടകത്തിൽ ഞങ്ങളുടെ ജോലി എന്തെന്ന് വെച്ചാൽ തമ്മിലടിക്കുക യുദ്ധം ചെയ്യാൻ നടക്കട്ടെ അതാണ് ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അറിയുന്നില്ലെന്ന് മാത്രം ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ ബ്രഹ്മൻ നർക്കേ അക്രൂരേ ക്രൂരൊക്കെ ചെയ്യുക സമദൃക് പണ്ഡിത്തുകൾ മത്ത അങ്ങനെ ഉള്ള ആളാണ് ബുദ്ധരെ പണ്ഡിത്തനും ഇങ്ങനെ ഇത് വിചാരിച്ചാൽ ഇതിന് രണ്ട് ഘട്ടമുണ്ട് സാധനാഘട്ടം അനുഭവഘട്ടം ഇതനുഭവപ്പെടുന്നുള്ളുകൊണ്ട് ഭാവന ചെയ്ത് ഭാവന ചെയ്തുറപ്പിക്കുക അനുഭവപ്പെടുന്നുള്ള ജീവിതത്തെ ഒരു ബ്രഹ്മയജ്ഞമാക്കി മാറ്റുക മറ്റാരോടും പറയാതെ പുതിയ യജ്ഞമൊന്നും വേണ്ട ഇത് അനുഭവപ്പെടുത്താൻ ഒരു സംഭാരവും ആവശ്യമില്ല സ്ഥലകാലഭേദമില്ല വ്യക്തിഭേദമില്ല സ്ത്രീക്കെന്നോ പുരുഷനെന്നോ കള്ളനെന്നോ കൊള്ളക്കൂറുഭേദവുമില്ല പറ്റും പറ്റുമെങ്കിൽ ഇത് ചേർത്ത തുടങ്ങും എങ്ങനെ ർപ്പണം ബ്രഹ്മവർ ബ്രഹ്മാഗ്നു ബ്രഹ്മണാഹുതം ബ്രഹ്മന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന ഇതാണ് ബ്രഹ്മയജ്ഞം ഈ ബ്രഹ്മയജ്ഞം അനുഭവത്തിനു വേണ്ടി ആചരിച്ചൊന്നിരിക്കുമ്പോ സാധന അനുഭവം വന്നു കഴിഞ്ഞാൽ ബ്രഹ്മയജ്ഞം സ്വാഭാവികം മഹാബലി ചരിത്രത്തിലൂടെ ശുക്രാചാര്യനും മറ്റും പറയുന്നില്ലേ ഇവിടെ ഒരു ബ്രഹ്മയജ്ഞം എനിക്കിതിലെന്താ വൈഷമ്യം അതുപോലെ ബ്രഹ്മാർപ്പം ബ്രഹ്മർ എന്തും ചെയ്താലും തൽക്കാലം വാസന കൊണ്ട് മോശപ്പെട്ടതാണെന്ന് തോന്നുന്ന കർമ്മമായിക്കോട്ടെ മനസ്സാ ബ്രഹ്മ എനിക്ക് നിർത്തിയില്ല ദിശയിലെ തീരും മഹാഭാരതത്തിലുള്ള ധർമ്മവ്യാസനല്ലേ ഇറച്ചി കെട്ടി വെക്കലാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കുറച്ചു മാസങ്ങളാണ് സാരമില്ല ഇറച്ചി കെട്ടി വെട്ടുകൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തിന് ഈ തത്വം പിടികെട്ടി ബ്രഹ്മയജ്ഞ തത്വം പിടികിട്ടി ഇറച്ചി കെട്ടി നിരത്തി ഒന്നുമില്ല എന്തെങ്കിലും ഒരു ജോലി തന്നെ പറ്റൂ ഇറച്ചി കെട്ടി ബ്രഹ്മാർപ്പണം കത്തിയെടുത്തിൽ വെട്ടുമ്പോ ബ്രഹ്മർപ്പണം അശു എങ്കിലും ജീവിയുടെ തലക്കലല്ലേ സാർ വെട്ടുന്ന ഒരു കുഴപ്പമില്ല ഇത് നല്ലതും മനസ്സിലായ ഒരാൾ കുഴപ്പമില്ല ഇവിടെ അവിടെ ആത്മാവുണ്ടെങ്കിൽ അതിനെ ഈ കത്തിയൊന്നും സ്പർശിക്കുന്നില്ല നയനം ചിന്തനി ശസ്ത്രാണ് നയനം ദഹതി പാവക പിന്നെ ജഡം ഇല്ലാത്തത് ആര് വെട്ടുന്നു ആരും വെട്ടുന്നു കൃഷ്ണൻ തീർത്തു പറയുന്നത് ഇവനെ വെട്ടുന്നു വെട്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നവൻ അറിയുന്നില്ല ഏനാരം മന്യത്തെ ഹത്തം ഉപയോഗിക്കോ ഒരു തന്റെ ഒരുത്തൻ ഞാൻ കൊല്ലുന്നു അവൻ കൊല്ലപ്പെടുന്നു എന്ന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വേണം എന്ന് അനുഭവിക്കാതെ നടപ്പിലേക്ക് കരുത് ആരെങ്കിലും ം നിശ്ചയനും മഞ്ഞത്തെ ഹത്തംത്തവും നയം ഹന്തി മഹന്യത്തെ ഈ ആത്മതത്വം എന്നും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബ സംബ്രംഭം ചിതാകാശം ആരെയും കൊല്ലുന്നില്ല ആരാലും കൊല്ലപ്പെടുന്നില്ല ഇത് സിദ്ധാന്തപരമായി നല്ലതെന്നും ധർമ്മവിലാസൻ അറിയാം അത് ഇറച്ചിയും വിട്ടു നിർത്തിയില്ല എന്തിന അതാണ് ഇതറിഞ്ഞു കർമ്മത്തിനു കർമ്മം കുറെ കൂടെ ഗംഭീരമായി അല്ലെങ്കിൽ പാപുന്നു ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ജനം വ്യത്യഹം താരം യശ്ചയനം മന്യത്തെ ഹത്തം ഉപ ന വിജാനീത്തോ നയം ഹന്തിയത്തെ ഈ ആത്മതത്വം എന്നും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡബോധബ്രഹ്മം ചിതാകാശം ആരെയും കൊല്ലുന്നില്ല ആരാലും കൊല്ലപ്പെടുന്നില്ല ഇത് സിദ്ധാന്തപരമായി നല്ലവണ്ണം ധർമ്മവ്യാസനറിയാം അദ്ദേഹം ഇറച്ചിയും വിട്ടു നിർത്തിയില്ല എന്തിനാ നിർത്തുന്നത് അതാണ് ഇതറിഞ്ഞു എന്ന് വെച്ച് കർമ്മത്തിനു കർമ്മം കുറെ കൂടെ ഗംഭീരമാകെ അല്ലെങ്കിൽ പാപചിന്ത പുണ്യചിന്ത ഇതൊക്കെ കയറി വന്ന് മനസ്സിനെ വല്ലാതെ കുഴക്കിക്കളെ നെരമറിച്ച് വെച്ചാൽ വാസനാബദ്ധനായി ചിലര് മറ്റുള്ളവർക്ക് നല്ലതെന്ന് തോന്നാത്ത കർമ്മം അനുഷ്ഠിക്കാൻ അനുഷ്ഠിക്കാൻ അവർ ബാധ്യസ്ഥരായിത്തീരുന്നു നിവർത്തിയില്ല അപ്പോ ഈ തത്ത് പറഞ്ഞാൽ സാരമില്ല ഇതോടെ കൂട്ടിച്ചേർക്കു കുറെ കഴിയുമ്പോൾ നിങ്ങൾ നല്ലവരായിക്കോളും എന്നാണ് കൃഷ്ണൻ പറയുന്നത് അല്ലാതെ ഇപ്പൊ അതൊക്കെ നിർത്തിയിട്ട് കൂട്ടിച്ചേർക്കാന്ന് വെച്ചാൽ ഈ ജന്മത്തിലോ പത്ത് ജന്മത്തിലോ ചിലപ്പോ സാധിച്ചില്ല എന്ന് വരും ഇത് കൂട്ടിച്ചേർത്താലേ ആ കർമ്മം നേരെയാവൂ അതുകൊണ്ടാണ് അപ്പോ ധർമ്മവ്യാസങ്ങൾ അങ്ങനെ ഇല ചിട്ടിട്ട് നല്ലതൊന്നും ജ്ഞാനിയായി തീർന്നു എന്നാണ് ജ്ഞാനിയായി തീർന്നിട്ടും അദ്ദേഹം ആ ജോലി തുടർന്നു എത്രയോ യോഗിമാർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ആ ജ്ഞാനം ജ്ഞാനോപദേശം സ്വീകരിച്ചു പോകുന്നു എന്നാണ് ധർമ്മവ്യാസന്റെ കഥ പറയുന്നത് അപ്പോ ഈ ഇത് നടപ്പാക്കാൻ എന്താ പ്രയാസം മനസ്സിലുണ്ട് അല്ല ഉദ്ധവരെ സകല ഈശ്വരങ്ങളുമായി കണ്ടിട്ട് നരേശ്വഭീഷണം ഇതിന്റെ ഗുണമെന്താ നരേഷ്വഭീഷണം മദ്ഭാവം പുംസവോ ോ അചിരാ സ്പർദ്ധാസൂയ തിരസ്കാര സാഹങ്കാരാ വ്യക്തി അല്ലയോ ബുദ്ധവരെ സാധനയായി സിദ്ധി അന്നില്ല സാധനയായി ഇത് ഓർമ്മിച്ചുകൊണ്ട് ഇത് നമുക്കാർക്കും സാധിക്കും എവിടെയും സാധിക്കും മറ്റൊക്കെ നമുക്ക് ഇപ്പൊ ചെയ്യുള്ള പൂജാ വിധിയൊക്കെ പക്ഷേ സർവം ബ്രഹ്മമയം അടുക്കളയിൽ കയറി ഇറച്ചി ബ്രഹ്മമാണെന്ന് ധർമ്മവിലാസന് വിചാരിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികളും ഇറച്ചിയൊക്കെ അടുക്കളയിൽ മിക്കവാറും കാണുമല്ലോ ഒക്കെ ബ്രഹ്മമയം വെള്ളവും ഒക്കെ ബ്രഹ്മമയം അമ്മിക്കല്ലു ബ്രഹ്മം കോവിലിരിക്കുന്ന കല്ലിന് ഈശ്വരനാവാണെങ്കിൽ നമ്മളെ അടുക്കളയിലിരിക്കുന്ന കല്ലിനെന്താ ഈശ്വരനായി കൂടെ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു അത് നേരം പോക്കല്ല കല്ലിലുമൊക്കെ നിറഞ്ഞിരിക്കുന്നു ഈ ചിതാകാശം ഭഗവാൻ അങ്ങനെ നരേശ ഭീഷണും മത്ഭാവം പുംസോ ചിന്തയത്തോ അചിരാ ഒരു പുരുഷൻ ഇങ്ങനെ സകലറിലും മത്ഭാവം ചിന്തിക്കുമെങ്കിൽ സാധന സാധനയായിട്ട് ഇത് ഭാവന ചെയ്തുറയ്ക്കുമെങ്കിൽ സ്പർദ്ധ അസൂയ തിരസ്കാര ഇതല്ലേ ഇന്ന് നമ്മൾ ജീവിതമായിട്ട് കാണുന്നുവോ സ്പർധ അസൂയൻ തിരസ്കാരമോ ഞാൻ കേവൻ അവൻ മോശം അവന ഞാൻ ശരിപ്പെടുത്തി അടങ്ങും ആർക്കെങ്കിലും എന്ത് കിട്ടിയാൽ സഹിക്കുന്നില്ല നമുക്കെല്ലാം ഉണ്ടായിരുന്നാലും നമുക്ക് കിട്ടിയതൊക്കെ മറ്റുള്ളവർക്ക് കിട്ടരുത് അതാണ് എനിക്കൊരു നാടികൽക്കാരമുണ്ട് ഞാൻ അതിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നാലും എന്റെ അയൽവക്കക്കാരൻ ഒരു കാർ വാങ്ങിച്ചാൽ നമുക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം വരാം ഇതിപ്പോ അങ്ങനല്ല എനിക്കൊന്നും വരെ രണ്ട് മാറി വഹിക്കാറുണ്ട് അപ്പോഴത്തെ അയൽവക്കക്കാരൻ ഒരു കാർ വാങ്ങിച്ചാൽ തുടങ്ങി ആഹാ അവനും വാങ്ങിച്ചിരിക്കുന്നു അല്ലേ എനിക്ക് ഉറക്കാനില്ല ജീവിതം ഇതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ നോക്കും മാളികൾ കാറും തണ്ടും മൂന്നുമൊക്കെ വീട്ടിലിട്ടുണ്ട് ഉറങ്ങാതെ കടന്നാൽ ഈശ്വരനാണോ കുറ്റക്കാരൻ എന്നിട്ട് അവിടൊക്കെ ഈശ്വരനെ കൈ പറയുക അല്ലെങ്കിൽ അവിടെ അർച്ചന നടത്തുക അവിടെ പുരാഭാരം നടത്തുക ഒരു രക്ഷയുമില്ല ഞാൻ തോന്നേക്കാം അവിടെ അതൊക്കെ നടത്തിക്കൊള്ളൂ പക്ഷേ ഇത് നല്ലവണ്ണം ണം നല്ലവണ്ണം നരേഷഭീഷണം മദ്ഭാവം പുംസോ ചിന്തയത്തോ അചിരാ സ്പർദ്ധ അസൂയ തിരസ്കാര തിരസ്കാരം ഞാൻ കഴിയാൻ മറ്റുള്ളവർക്ക് മോശം സാഹങ്കാരാ വിയതി അഹങ്കാരമുൾപ്പെടെ സ്പർദ്ധ അസൂയ ആ പരമ സത്യത്തെ മറച്ചിരിക്കുന്ന കുളരായ്മകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി മറച്ചിരിക്കുന്ന കുളരായ്മകൾ നമ്മുടെ മനസ്സിയെ മനസ്സിന്റെ ശാന്തിയെ സ്വയം ഹനിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അഹങ്കാരം ഉൾപ്പെടെ ഞാൻ ഞാൻ കേവൻ എല്ലാം കടന്നു പോകുന്നവരെ ഒരു സംശയവും വേണ്ട എല്ലാം വിട്ടുപോകും ഈ ചിന്തകരങ്കി അല്ലാതെ യോഗാഭ്യാസം ചെയ്തുകൊണ്ട് മാത്രം വരില്ല യോഗാഭ്യാസത്തിൽ അതിസമർത്ഥരായ രണ്ട് സുഹൃത്തുക്കൾ എനിക്ക് മുൻപുണ്ടായിരുന്നു ഒരുപ്പില്ല രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ് പക്ഷെ ഒരാളിന്റെ കൂടെ മറ്റൊരാളിന്റെ പേര് പറയാണെങ്കിൽ കോപം മുൻപ് ചുള്ളിച്ചാടും പേര് പറഞ്ഞാൽ ഒന്നും പറയുണ്ടാ ഇന്നാലെ ഇപ്പോഴും അവിടെയൊക്കെ തുള്ളിച്ചാടി ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാനിത് ആരോഗ്യം കുറ്റം പറയുകയല്ല നമ്മുടെ മനസ്സാ നിലയിൽ പാകപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ വിദ്യാഭ്യാസത്തിന് കുറച്ച് ആരോഗ്യവും ഉണ്ടാവും യാതൊരു സംശയമില്ല ശരീരത്തിന് കുറച്ച് ആരോഗ്യം ഒക്കെ ഉണ്ടാകുന്ന രോഗം പലതും മാറിക്കിട്ടും പക്ഷെ ആ രോഗവും ഒക്കെ മാറിക്കിട്ടുന്നതും ആരോഗ്യവും ഒക്കെ കൂടെ ഈ കോപത്തിനും അസുഖയ്ക്കും ശക്തി കൂട്ടുകയാണെങ്കിൽ എന്താ പ്രവോജനം ഇന്ന് നടക്കുന്നത് പലയിടത്തും ഉണ്ടാവും അതുകൊണ്ട് നമുക്കിപ്പോ അതിനെയൊക്കെ മാറ്റാനൊന്നും ഒരിക്കലും സാധ്യമല്ല ഞാനിത് പറയുന്നത് നമ്മുടെ വ്യക്തി നമ്മുടെ ഞാൻ നോക്കുന്നുണ്ട് എന്റെ വ്യക്തിത്വത്തിൽ എനിക്കിതിനെയൊക്കെ മാറ്റിയിട്ട് സർവം ഈശ്വരനോ എന്ന് കാണാൻ കഴിയുമോ എന്ന് മാത്രം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ടാവും അത് കാണാൻ കഴിയുമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ലോകവും രക്ഷപ്പെട്ടു എന്താ നമുക്ക് പിന്നെ അങ്ങനെ ഒരു ലോകമൊന്നുമില്ല ആ ലോ ലോകം നമ്മുടെ മുമ്പിൽ മുക്തമായിരിക്കുന്നു ഒരു സത്യദരിശയുടെ മുമ്പിൽ ഒരു ലോകം മുഴുവൻ മോക്ഷം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ശാസ്ത്രം ഘോഷിക്കുന്നത് അപ്പോ അതേ സഭീഷ്ണം മത്ഭാവം പുുംസോ ചിന്തകത്തോ അചിരാ സ്പർദ്ധ അസൂയ തിരസ്കാര സ്പർദ്ധ അസൂയ തിരസ്കാരം ഇവയെല്ലാം സാഹങ്കാരിയന്ത് ചെയ്ത് കൃഷ്ണൻ ബുദ്ധരോട് ഉപദേശിക്കുകയാണ് അതുകൊണ്ട് എന്തു വേണം കൃഷ്ണ അതിപ്പോ എനിക്കതങ്ങോട്ട് പൂർണ്ണമായിട്ടും മനസ്സിൽ ശരിപ്പെടുന്നില്ലോ കൃഷ്ണ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ വിസൃജ്യ കുറച്ച് കടുത്ത സാധനയാണ് കടുത്ത സാധന വിസൃജ്യ സ്മയമാനസ്വാൻ ദൃശം വ്രീഡാംച്ച ദൈഹിക്കയും പ്രമമേ ദണ്ഡത ഭൂമവും ആശ്വചണ്ടാലഗോഖരം കൃഷ്ണന് ഏതാണ്ട് തന്റെ സമപ്രായനും മന്ത്രിയുമായിരുന്ന ഉദ്ധവരോട് പറയുകയാണെന്ന് ഓർമ്മിക്കണം കലൻ അമ്മയ്ക്ക് കൊടുത്ത കുറച്ച് ഒരു പായം വന്ന ഉപദേശം പോലും അല്ല കൃഷ്ണൻ ഉദ്ധകർക്ക് കൊടുക്കുന്നത് എട കൃഷ്ണൻ അൽപ്പ ഉദ്ധവരോട് അല്പ ദേഷ്യവും കൊണ്ടെന്ന് എനിക്ക് എന്റെ കൂടെ ഇത്രയും നാള് കഴിഞ്ഞിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ എന്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്ത് ജീവിതത്തെ എന്തിനു നഷ്ടപ്പെടുത്തി അതുകൊണ്ട് വിസജസ്മയമാനാം സ്വാൻ ബന്ധുക്കളെ അഹങ്കാരികളായ ബന്ധുക്കളെ മാറ്റി നിർത്തു എന്തായത് അതും ഇവിടെ പറയുന്നു എന്താ നീവേ പട്ടിയുടെയും വീഴ്ചയുടെയും ഒക്കെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു കാരണം അവരൊക്കെ ഈശ്വരനാണ് അവരൊക്കെ ഈശ്വരനാണ് അതും വെറും പ്രണയമില്ല ദണ്ഡ നമസ്കാരം താണ്ടി പോലെ അതുകൊണ്ട് അവരുടെ മുമ്പിലെ പച്ച വീഴ് അങ്ങനെങ്കിലും നിന്റെ മനസ്സിന് ആ ഏകഭാവം ഏകീഭാവം പരമസത്യം അതാണ് ബാക്കിയൊക്കെ ക്രമളമാണ് ആ സത്യം ഉറപ്പിക്കാൻ എന്തും ചെയ്യുമോ ബുദ്ധവരെ വിസൃജ നീ ഒരേ പക്ഷേ അവരുടെ മുമ്പിലെ പച്ചന്ന് നമസ്കരിക്കാൻ പോകുമ്പോ നിന്റെ കുറെ ബന്ധുക്കളെ ഉണ്ടല്ലോ അഹങ്കാരികൾ അത് നീ കുറച്ച് പണാൻ പറ്റിയതാണ് അപ്പൊ പിന്നെ വലിയ വിമയാണ് ക്കൂല അങ്ങോട്ട് ഇല്ല അസുഖയും വിദ്വേഷമായിട്ട് വരുന്ന അവരെയൊക്കെ മാറ്റി നിർത്തണമായി എൻ്റെ അടുത്തോട്ട് വരണ്ട കേട്ടോ കാരണം അല്ലെങ്കിൽ നീ പട്ടിക ഒക്കെ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു വേദിക്കുന്ന തലയ്ക്ക് നല്ല സ്വരി വേറെ എന്താ ഭ്രാന്ത ആശുപത്രിയിൽ മാറ്റം പിടിച്ചുകൊണ്ടിട്ടുള്ളത് അതുകൊണ്ടുള്ള ചൈര്യങ്ങളുണ്ട് എൻ്റെ അടുത്ത് വന്നു പോകരുത് പറഞ്ഞേക്കാം ഞാൻ ഇവിടെ ഇല്ല ൾ വിസൃജ്യ സ്മയമാനാസ്വാൻ അഹങ്കാരികൾ സ്മയമാനാൻസ്വാൻ ദൃശം വ്രീഡാം ച ദൈഹിക്കയും കാഴ്ചയും ലജ്ജയും എന്തിനാസ്പദമാക്കിയുള്ള ശരീരത്തെ ആസ്പദമാക്കിയുള്ള എന്താ ഈ മനുഷ്യ ശരീരം പട്ടിയുടെ മുമ്പിൽ ദുഡ നമസ്കാരം ചെയ്യണമോ ഹഡോ ഈ ജഡത്തെ ആസ്പദമാക്കിയുള്ള ീ ലയും ഒക്കെ ദൂരെ വലിച്ചെരുള്ളൂ ആ കാഴ്ചയും നീ ജഡമല്ല ജഡമാണെങ്കിൽ നിന്റെ ജടവും പട്ടിയുടെ ജടവും ഒക്കെ ആയാണ്ട് തുല്യം തന്നെ പഞ്ചഭൂതം വേറെ ആരാമതൊരു ഭൂതം നിന്റെ ജടത്തിലോ പട്ടിയുടെ ജടത്തിലോ ഇല്ല രണ്ടു രൂപ രണ്ടു രൂപത്തിരിക്കുന്നതിനുള്ള വസ്തു ജഡത്തിൽ പോലും തുല്യം അതുകൊണ്ട് വിസൃജ സ്മയമാനാൻ സ്വാൻ ദൃശം വ്രീഡാം ച ദൈഹികീം ദൈഹികീം ദൃശം വ്രീഡാം ച വിസൃജ്യ ദേഹസംബന്ധിയായ ലജ്ജയും കാഴ്ചയും ഉപേക്ഷിച്ച് പ്രണമേ ദണ്ഡവദ്ധൂമവോ ഭൂമിയിൽ ദണ്ഡ നമസ്കാരം ചെയ്യൂ ആരുടെ വെക്കുന്നുണ്ട് പ്രണമേ ദണ്ഡവദ്ധൂമോ ആശ്വചണ്ടാലോരം പട്ടി ചണ്ടാലൻ ചെന്നി ചണ്ടാൽ ചണ്ടാലാലൻ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പൊ സത്യബോധമില്ലാതെ അവൻ ചണ്ടാലൻ ബ്രാഹ്മണന് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ആശ്വ പണശ്വാശ്വ പട്ടി ആശ്വ ചണ്ടാല ഗോ പശുഖരൻ കഴുത്ത ഇവരുടെ മുമ്പിൽ പോയി ദണ്ട നമസ്കാരം ചെയ്യൂ എന്താ കൃഷ്ണനോട് വല്ലായ്മ തോന്നുന്നുണ്ടോ എങ്കിലും തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഈ കൃഷ്ണൻ അവതാരം എന്നൊക്കെ പറയുന്ന കൃഷ്ണൻ ഇത്രയാതൊരു ദൈവമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നല്ലോ എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതും മാറ്റിവെച്ച് കൃഷ്ണന്റെ ഉപദേശം കേൾക്കുക നമ്മളിപ്പോ എന്തായാലും കൃഷ്ണന്റെ ഈ ഉപദേശം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് പരിഭ്രവിക്കട്ട നമുക്ക് കപിലന്റെ ഉപദേശം മതി കപിലൻ അമ്മയോട് പറഞ്ഞ ഉപദേശം അങ്ങ് കൊട്ടാരത്തിലോ വീട്ടിനകത്തോ ഇരുന്ന് റോഡ് ജന്തുക്കളൊക്കെ പോകുമ്പോ മനസ്സെയ്താനുഭൂതാനി പ്രണമേ തമ്മേ മനസ്സൂണ്ടി എല്ലാ ജീവജാലങ്ങളെയും പ്രണമിക്കൂ ഇവിടെ പറഞ്ഞ് ഒരു വൈറപ്പം പൂർണാധകാരമൊക്കെ തന്നെ തൽക്കാലം എന്താണെങ്കിലും നമ്മൾ അത് കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട അമ്മ പറഞ്ഞത് കേട്ടാണ് നേരം പൊക്കെല്ലാം നമുക്ക് അൽപ്പച്ചിരിക്കുകയും ചെയ്യാം അതേ നല്ല ഗൗരവമായിട്ട് ഈ കാര്യങ്ങളെ അംഗീകരിക്കുക അതല്ലെങ്കിൽ ജീവിതം യാതൊരു സംശയവും അക്കാര്യത്തിലില്ല വേറെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ മനസ്സിന് സ്വസ്ഥതരാണില്ല അലവധൂരെ വിസൃജ്യ സ്മയമാനാം സ്വാൻ ദൃശം വ്രീഡാംശിക്കുകയും പ്രണമേ ദണ്ഡവഭൂമു ആശ്വചണ്ടാല ഗോകരം ഓഹോ അപ്പൊ ഭഗവാന് ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ തന്നെ എത്ര കാലം ഇത് ചെയ്യണം ഈ നമസ്കാരമൊക്കെ ുഭൂസ്തശിഷു മത്ഭാവോ മോ ഉപജായത്തെ അത്രയും കാലിച്ചേ സകല ജീവജാലങ്ങളിലും എന്റെ ഭാവം നിനക്കുറപ്പ് വരുന്നത് വരെ വേണ്ടി വന്നാൽ ഇത് ചെയ്യണം കൃഷ്ണനും ഉടനെ ഉദ്ധവരത് ചെയ്യണമെന്ന് മനസ്സിൽ യാതൊരു താല്പര്യവുമില്ല ഇതിന്റെ അർത്ഥം ഇത്രയുണ്ടും ഈ ഭാവം എന്ത് നിലകൊടുത്ത് ഉറപ്പിക്കണം ഇതൊക്കെ കഴിഞ്ഞ ഉടനെ ഈ ബദരി ആശ്രമത്തിൽ ഇപ്പോ അവിടെ പോയി കുറച്ച് അളവനന്തയും ഗംഗയും ഒക്കെ നോക്കിക്കണ്ട പ്രകൃതി സൗന്ദര്യമൊക്കെ ആശ്രയിച്ച് ഞാൻ ഈ പറഞ്ഞതൊക്കെ നല്ലവണ്ണം മനസ്സിലുറപ്പിച്ച് കഴിഞ്ഞുകൂടി ഉച്ചവരെ എന്ന് പറഞ്ഞയക്കുകയാണ് അല്ലാതെ ഇത് നിന്ന് ഉടനെ ചെയ്യണമെന്ന് കൃഷ്ണനും വാസ്തവത്തിൽ ആഗ്രഹമില്ല പക്ഷേ ആ പരമസത്യദർശനത്തിന് വേണ്ടിയുള്ള ോ വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് അതാണ് കൃഷ്ണൻ ഇത്തരം ഉപദേശങ്ങൾ കൊണ്ട് ആവർത്തിക്കുന്നത് അലോധരേ യാവത്സവേഷു ഭൂതേഷു മദ്ഭാവോ നോപയുജ്യത്തെ സകല യുവജാലങ്ങളിലും അവരൊക്കെ നാനാണ് എന്ന ഭാവം ഏത് നിമിഷം വരെ പൂർണ്ണമായി ഉറപ്പുവരുന്നില്ലയോ ആ നിമിഷം വരെ മനോവാക്കായ കർമ്മങ്ങൾ കൊണ്ട് ഇതുറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിതം നയിക്കൂ എന്ന അയം ഹി സർവകൽപ്പേഷു സന്ധ്രീചീനോ മതോ നമ്മ സർവകൽപ്പങ്ങളിലും ഈ ലോകമിന് എത്ര നാൾ എവിടെ ഉണ്ടായാലും സത്യം അനുഭവിക്കണമോ ഈ ഈ അദ്വൈതഭാവം ഉറപ്പുവരുത്തുക വേറെ മാർഗമൊന്നുമില്ല അയം ഹി സർവകൽപേഷു സന്ധി ചെയ്യുന്ന ഇത് മാത്രമാണ് ഉചിതമായ സത്യം ഉറപ്പുവരുത്താനുള്ള മാർഗം മാർഗംന്ന് നമസ്കാരം ചെയ്യുക എന്നല്ല അദ്വൈതഭാവം ഉറപ്പിക്കുക എന്ത് വില കൊടുത്തും എങ്ങോട്ട് നോക്കിയാലും ബ്രഹ്മത്തെ തന്നെ കാണാനുള്ള മാനസിക ബ്രഹ്മവൃത്തി ശീലിക്കുക എത്ര എത്ര മനോയാതി ബ്രഹ്മണസ്തത്വ ദർശനം എന്നാണ് ആചാര്യസ്വാമികൾ പറയുക മനസ്സിനെ ഇവിടെ ചെന്ന് പറ്റുവ മൈക്കിൽ മൈക്ക് ബ്രഹ്മം മേശബ്രഹ്മം എന്തുകൊണ്ടും എത്രയെത്ര മനോയാതി മനസ്സിലാണ് ധാരണ ധാരണ മനസ്സിനെ നല്ല ശക്തമായി വരെടുത്ത് പിടിച്ചു നിർത്തുക അതിനെന്താ പ്രയാസം മറ്റുധാരണ കണ്ണുമടച്ച അതൊന്നും എളുപ്പമില്ല ഇതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞുപോയെങ്കിലും കുറച്ച് ദിവസം അഭ്യസിക്ക അഭ്യസിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായി കിട്ടുമെ തീർച്ചയായിട്ടും അങ്ങനെ എവിടെയൊക്കെ മനസ്സിലു പറ്റുന്നുവോ എത്ര എത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം ഇതാണ് ബ്രഹ്മവൃത്തി മനസ്സിന്റെ ബ്രഹ്മവൃത്തി േ ഹി വൃത്തി വർദ്ധയന്യപ്പി തേ ഹി സത്പുരുഷന്യാ വന്ധ്യാ ഭുവനത്രയേ എന്നാണ് ആചാര്യസ്വാമികൾ അപരോക്ഷാനുഭൂതി എന്ന കൃതിയിൽ പറയുന്നത് അത് തന്നെയാണ് ഇവിടെ കൃഷ്ണൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നു ഉപദേശിക്കും ഏഹി വൃത്തിയും വിജാനാതി ആർക്കാണോ ഈ പറയുന്നത് ശരിയാണല്ലോ ഇതൊക്കെ സത്യമാണെങ്കിലും എവിടെ എവിടെയൊക്കെ മനസ്സിൽ വന്നു പറ്റുന്നുവോ അവിടെ എവിടെയൊക്കെ ബുദ്ധി കൊണ്ട് ബ്രഹ്മത്തെ കാണാൻ മാം പഠിക്കണമല്ലോ എന്ന് ആ വൃത്തിയെക്കുറിച്ച് അറിവുണ്ടാകുന്നു ഏഹി വൃത്തിയാ വർദ്ധൻ രവി ദിവസേന ഉറപ്പുവരുന്നുണ്ടോ ഉറപ്പുവരുന്നുണ്ടോ എന്ന് അന്തരുമുഖമായി പരിശോധിച്ച് ഓരോ നിമിഷവും ജീവിതം നയിക്കുന്നു അങ്ങനെയുള്ളതാണ് ഞാത്യാവർത്തയന്ത്യതി തേ ഹി സത്പുരുഷ ധന്യ അവരാണ് സത്യം കാണുന്ന ധന്യപുരുഷന്മാർ തേ വന്ദ്യുവനത്രയെ അവര് മൂന്ന് ലോകത്തും വന്ധ്യന്മാരായി ഭവിക്കുകയും ചെയ്യുന്നു ഏ ഹി വൃത്തി ജഹത്തേനാം ചിലർ മഴ ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഉപേക്ഷിക്കുന്നു ഏഹി വൃത്തിയും ജഗത്തേനാം അങ്ങനെയുള്ളവർ പശുഫിസമാ മൃഗങ്ങളിലേക്കാൾ കഷ്ടമായി അവരുടെ ജീവിതം അവസാനിക്കും എന്തുകൊണ്ടാ അവരിൽ ഈ ജഡവൃത്തി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മരണ സമയത്ത് കട്ടിപിടിച്ച ജഡവവൃത്തിയുമായി അവരുടെ അന്ധകരണം ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയാൽ പക്ഷി മൃഗാദി ജീവിതങ്ങളിലേക്ക് പതിക്കേണ്ടി വരും അതാണ് പശുഭിഷ്ഠസമാനരാഹ അവര് പശുക്കൾക്ക് തുല്യന്മാരാണ് എന്ന് പറയാൻ ഇടയാകുന്നത് കൃഷ്ണൻ അത് ഇവിടെ യുദ്ധരോട് പറയുന്നു അയം ഹി സർവകാല കൽപ്പേഷു സന്ധീചീനവും അത് അമ്മ മദ്ഭാവ സർവഭൂതേഷു മനോവാക്കായ കർമ്മ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മങ്ങൾ ഒക്കെ ഉദ്ധവരെ എന്റെ ഭാവം അംഗീകരിക്കും അപ്പോഴാണ് ഉദ്ധവർക്ക് ഒരു സംശയം അങ്ങയെ ഈ കൃഷ്ണരൂപത്തിലൊക്കെ തന്നെ ഭജിച്ചാൽ പോരെ അവ ചിതാകാശ രൂപത്തിൽ തന്നെ ഭജിക്കണമോ ഭഗവാൻ തീർത്തു പറയുന്നു അർജുന അല്ല ഉദ്ധവരെ നിങ്ങളിപ്പോ എന്റെ കൂടെ നടന്നതല്ലേ ഇത്രയും പത്ത് നൂറ്റി ഇരുപതുകളിലും എന്റെ കൂടെ നടന്നു എന്നെ ഈശ്വരനാണെന്ന് കണ്ട് പൂജിച്ചു അഞ്ചു വയസ്സ് മുതൽ എന്നെ പൂജിച്ചു ഈ എന്നിട്ട് നിങ്ങൾക്കിപ്പൊ ഞാനീ ഈ നല്ലതുപോലുള്ള ശരീരത്തെ വിടാൻ ഭാവിച്ചപ്പോ നിങ്ങൾ കണ്ടുന്ന ഒരു ഇതാണ് അഞ്ചു മുതൽ അഞ്ചു വയസ്സ് മുതൽ എന്നെ പൂജിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാനസികമായ ധൈര്യം അത് പറ്റില്ല ോ മൈ പരേ ൽപ്യത്തെ നിഷലായ ചേ താസോ നിരർത്ഥ സേരിവ സോയോ മയ ധർമ്മ കൽപ്യത്തെ നിഷലായ ചേ അലോഥരെ എന്നിൽ അഖണ്ഡബോധരൂപനായിൽ ഏതെങ്കിലും ഒരു ധർമ്മം നിങ്ങൾ ഭിന്നമാണെന്ന് തീരുമാനിച്ചു കൽപ്പിക്കുന്നെങ്കിൽ നിഷ്ഫലായ ഒരു പ്രയോജനമല്ല ഇതൊക്കെ കൃഷ്ണൻ പറയാണ് നിഷ്ഫലയാണെന്ന് വെച്ചാൽ അഖണ്ഡ വസ്തു അതിൽ നാമരൂപം നമ്മൾ ചർച്ച ചെയ്തല്ലോ നാമരൂപം ജഡമാണ് കൃഷ്ണന്റെ നാമരൂപമായാലും ജഡം വിഷ്ണുവിന്റെയോ ഇതൊക്കെ ഞാൻ പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുതേ ഗംഭീരമായിട്ട് കൃഷ്ണൻ പറഞ്ഞു വച്ചിരിക്കുന്നു കൃഷ്ണൻ ഗീതയിലെന്ന് പറയും അവജാനന്തിമാനുഷീന്തം ഞാൻ മനുഷ്യശരീരി ആണെന്ന് കര കഴിയുക അറിയുന്നവർ ബോധരാണ് അതിനപ്പുറം അദ്ദേഹത്തിന് ശക്തിയായ ഭാഷ പറയാനില്ല എന്റെ അപരംഭാവോ അഖണ്ഡബോധസ്വരൂപം അവരറിയുന്നില്ല പരംഭാവമജാനോ മമഭൂതമഹേശ്വരം ഈ അനന്തകളോട് ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ വർത്തിക്കുന്ന അഖണ്ഡബോധരൂപനായ എന്നെ എന്റെ അപരംഭാവം ആ മഠയന്മാരറിയുന്നില്ല അവരെല്ലവരും മനുഷ്യ ശരീരമായി കാണുന്നു ഇവിടെ ഇവന്നല്ല കൃഷ്ണൻ പറയുന്നു നാമരൂപങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നു അല്ലെ ബൗധസ്വരൂപത്തിൽ ഏതീശ്വരനൂലമായാലും നമ്മൾ നാമരൂപങ്ങൾ കൽപ്പിച്ചെങ്കിലല്ലേ പറ്റൂ പരേ ഭാവ കൽപ്യത നിഷലായ ചേത് നിഷ്ഫലം കൽപ്യതേ ചേച്ച് കൽപ്പിക്കുകയാണെങ്കിൽ അലോ നമുക്ക് അറിഞ്ഞുകൊണ്ട് മനസ്സിന് ഏകാഗ്രതയ്ക്ക് ഒരുമിതം ധ്യാനിക്കുന്നതിലൊന്നും ഒരു ദേഷ്യമുണ്ട് ഏതൊരു യുഗമോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടദേവത ആരോഗം ധ്യാനിക്കാം പക്ഷെ അതൊക്കെ ബ്രഹ്മമാണ് ആ ഇഷ്ടദേവത സത്യമൊന്നും ഉറപ്പിക്കരുത് തന്റെ ഇഷ്ടദേവത സത്യം എന്ന് ഉറപ്പിച്ചാൽ മറ്റൊരിഷ്ടേവതയോട് വെറുപ്പായി ഇവിടെ നടക്കുന്ന കോലാഹലം മുഴുവൻ അങ്ങനെയുള്ള പലപ്പോഴും അറിഞ്ഞുകൊണ്ട് ധ്യാനിക്കാനായി ഒരു രൂപം കുറച്ചുനാൾ മനസ്സിന് ഏകാഗ്രത വേണം അസ്ഥിരമായ മനസ്സ് ഏകാഗ്രത വേണം ഗുരുവായൂരത്തിന്റെ ആ മനോഹരമായ രൂപം ധ്യാനിച്ച് ഏകാഗ്രപ്പെടുമെങ്കിൽ ഒരു വിരോധമില്ല അല്ലെങ്കിലോ അല്ലെങ്കിൽ നിഷലായ നമ്മളേത് രൂപം ധ്യാനിച്ചാലും നമ്മുടെ ഉള്ളിലാണ് ധ്യാനം ോധരൂപം നമ്മുടെ സങ്കല്പമനുസരിച്ച് ധ്യാനം ഏകാഗ്രപ്പെടുമ്പോൾ ആ രൂപം കൈക്കൊണ്ടുവരികയാണ് അല്ലാതെ ആ അവിടുന്ന് ഒരു രൂപം ഇങ്ങോട്ട് കൃഷ്ണനെ ധ്യാനിച്ചപ്പോ വാരവേരൂന്നും കൃഷ്ണൻ ഓടി ഒന്നും നമ്മുടെ ഉള്ളിൽ കടന്ന് പ്രത്യക്ഷപ്പെടുകയല്ല അങ്ങനെ ഒരു കൃഷ്ണനിപ്പോ ഇല്ല തീർച്ചയായും വാരവേരൊന്നും ഗീതയിൽ ആവർത്തിച്ചാവർത്തിച്ച് ഭഗവാൻ പിന്നെ ഈ ബോധരൂപമായ അഖണ്ട സത്യത്തിന് അഖണ്ഡ അനന്തയോട് ബ്രഹ്മണ്ഡ രൂപങ്ങൾക്ക് മഴകൊണ്ട് രൂപം നൽകാൻ കഴിയുമെങ്കിൽ നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഒരു വസ്തുവിന് രൂപം കാഴ്ചക്ക് രൂപം കൊടുത്താൽ ഒരു പ്രയാസമില്ല നമ്മുടെ മനസ്സ് സങ്കല്പത്തിൽ ഏകാഗ്രപ്പെട്ടാൽ രൂപപ്പെടും പക്ഷെ അതിനെന്ത് സംഭവിക്കുന്നു സ്പഷ്ടമല്ലേ അങ്ങനെ ഒരു രൂപം കയറി വരുമ്പോൾ ആ രൂപം നമ്മുടെ ശുദ്ധമായ ദോഷത്വം മറയ്ക്കുന്നു മറയ്ക്കുന്നു അപ്പൊ ശുദ്ധമായ ദിവസകത്വം അവരുടെ മറിഞ്ഞു പോവും അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ രൂപകൽപ്പനയിൽ ഒരു ജഗതീശ്വര രൂപം സാക്ഷാത്കരിക്കുന്നത് എങ്കിൽ ആ സാക്ഷാത്കാരം അപകടമാണ് ശ്രീരാമകൃഷ്ണദേവൻ അമ്മയെ സാക്ഷാത്കരിച്ചു നമുക്കറിയാമല്ലോ അമ്മ അമ്മ അവിടെ നിന്നും നമ്മൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറിയതല്ല അദ്ദേഹത്തിന് നമ്മുടെ ഏതാണ്ട് ആണ് അദ്ദേഹത്തിന്റെ ഏകാഗ്രത ശക്തിപ്പെട്ടപ്പോൾ അമ്മ പ്രത്യക്ഷമായ ഉള്ളിൽ ചിലപ്പോൾ പ്രത്യക്ഷമായി പുറത്ത് സംസാരിക്കും അനുഗ്രഹിക്കും ഒക്കെ ചെയ്യും പക്ഷെ തോത്താവരി ഒന്ന് അദ്വൈവം പഠിപ്പിക്കാൻ അദ്വൈവം പഠിപ്പിക്കാൻ തോത്താവരി ഒന്നപ്പോ പറഞ്ഞുള്ള രൂമ നിന്റെ സങ്കല്പങ്ങളൊക്കെ മാറ്റാൻ അദ്ദേഹം ചരിത്രം വായിച്ചു നോക്കൂ ഭഗവാനെയൊക്കെ മാറ്റി ഭഗവാൻ അദ്വൈതം പഠിക്കാൻ തീരുമാനിച്ചു എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഈ കടുപ്പമില്ല ന്യായമായി പരമസത്യം കാണിച്ചു ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ പോകാവുന്നതിന്റെ പരമാവധി ഞാൻ പോകും എനിക്ക് പരമസത്യം അറിയണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഗംഭീരമായ തീരുമാനം അതുകൊണ്ട് തീർത്ഥാപുരി എന്ന് പറഞ്ഞപ്പോ മറ്റെല്ലാം ഉപേക്ഷിച്ചു പക്ഷെ അമ്മ പത്ത് നാല് പേ കൊല്ലമായിട്ട് അങ്ങനെ പ്രത്യക്ഷപ്പെടുത്തി അമ്മയും മകനും പോലെ കൊണ്ടു നിറക്കുകയാണ് പക്ഷെ അത്ര കൊണ്ട് ഭാവുന്ന സങ്കല്പം ആ രൂപത്തിൽ ഉറച്ചു പോയി അത് ഭഗവാൻ പറഞ്ഞു തോത്ത അവരോട് ഞാൻ മറ്റെല്ലാം കൈവിട്ടു പക്ഷെ അമ്മ മറ്റെല്ലാം കൈവിടുമ്പോ കുറെ കൂടെ നല്ല സ്പഷ്ടമായി എന്റെ ഉള്ളിൽ നിൽക്കുന്നു എനിക്കമ്മയെ വിടാൻ പറ്റുന്നില്ല അപ്പൊ തോത്ത അവർക്ക് അൽപ്പം കുണ്ടുകൾ ഉണ്ടായി പറഞ്ഞു നിന്ന് എന്റെ അമ്മ അതൊക്കില്ല നീ അത് കിട്ടിത്തീരൂ ഏകാഗ്രപ്പെട്ടും അദ്ദേഹം ഒരു പക്ഷെ രാമകൃഷ്ണൻ അത്രയും ശക്തി ഉണ്ട് ഒരു ചെറിയ കൂർമ്മിച്ച ഒരു കണ്ണാടി ചില എടുത്ത് ആ അഗ്രഭാഗം നെറ്റിയുടെ ഭ്രൂമധ്യത്തിൽ ഇങ്ങനെ തെളിവിച്ചുകൊണ്ട് ഇവിടെ ഏകാഗ്രപ്പെടുത്തും എന്റെ മനസ്സിനെ അമ്മ പൂറും ഭഗവാൻ അവിടെ ഏകാഗ്രപ്പെടുത്തി അമ്മയുടെ രൂപം രണ്ടായി പിളർന്ന് വൈമാറി കൊടുത്തുമാണ് അദ്വൈതബ സത്യം തന്റെ സ്വരൂപം സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം അത് സാക്ഷാത്കരിച്ചു അതിനുശേഷവും അമ്മയുടെ എന്താണോ അപ്പൊ സംശയം തരാ ഇപ്പോഴത്തെ അമ്മയുടെ ഞാൻ തന്നെ സർവത്ര അദ്വൈവം ചുവരിലും ഒക്ക ജഗതീശ്വരനാണ് അദ്ദേഹം അതിനുശേഷം കണ്ടത് അപ്പോ അമ്മയെന്നോ ചുവരെന്നോ മേൻഷയെന്നോ ഹസേരെന്നോ ഒരു വ്യത്യാസമല്ല ജഗതീശ്വരൻ തന്നെ കൂടുതൽ അദ്ദേഹം തന്റെ ഗുരുവിനെ പോലും അൽപ്പ് പഠിപ്പിച്ചു എന്നാണ് കഥ നല്ല ഒരു ദിവസം തിരി വാങ്ങുകൊണ്ടിരുന്നു അപ്പൊ അദ്ദേഹമാണ് ചർച്ചയിലെല്ലാം ബ്രഹ്മി ബ്രഹ്മം അത് ബ്രഹ്മം പുരുബ്രഹ്മം പൂബ്രഹ്മം ഒക്കെ പറഞ്ഞ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അപ്പോ അടുത്ത് അവിടെ നിന്നൊരു തോട്ടക്കാരനോ മറ്റോ ഇവരും ിപ്പിച്ചുകൊണ്ടിരുന്ന അഗ്നിയിൽ നിന്ന് ഒരു വീട് കത്തിച്ചു തോത്താവുരി പെട്ടെന്ന് ദേഷ്യപ്പെട്ടു അതാണ് ഈ വളരെ ലൊക്ക ആയാലും ഈ ദേഷ്യം തുടങ്ങി യോഗ അവളെ കാണുന്ന സ്വല്പം അന്തിമായി പോകുന്നവര് തോത്താവുരു ദേഷ്യപ്പെട്ടപ്പോ ശ്രീരാമകൃഷ്ണ ഭഗവാൻ കൈകൊട്ടിച്ചിരിച്ച അയ്യേ ഗുരുനാഥൻ എന്തായാലും സഭയും വീടിലും തോന്നും തോട്ടക്കാരൻ അല്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരാളൊന്നും തോത്താവരും നീ പറഞ്ഞാൽ അങ്ങേറ്റം ശരി ഞാൻ ദേഷ്യപ്പെട്ടത് തെറ്റായിപ്പോയി സാരമില്ല സാരമില്ല എനിക്കാ ദേഷ്യം നിലനിൽക്കില്ല എനിക്ക് ഈ അദ്ദേഹം നല്ലത് ഉറപ്പാണ് ഇപ്പൊ ദേഷ്യപ്പെട്ടത് സാരമില്ല എന്ന് പറഞ്ഞ് ശ്രീരാമകൃഷ്ണദേവനെ സമാധാനപ്പെടുത്തി എന്ന നല്ല ചരിത്രമല്ലേ ഇതൊക്കെ വായിച്ചു നോക്കിയാൽ അതുകൊണ്ട് ഇവരൊന്നും അങ്ങേറ്റം ശാസ്ത്രീയമായ കാര്യമാണ് കൽപ്യത നിഷ്ഫലായ ഇതിനപ്പുറം എന്താണ് തത് ആയാസോ നിരർത്ഥസ്യ ആയാസം ആ ക്ലേശം അവ സാക്ഷാത്കരിക്കാനും മറ്റും എന്തുമാത്രം മനസ്സിനത്ഗ്രഹിച്ചേ ഒന്നും വേണ്ട എല്ലാം ഈശ്വരമായി നിന്ന് ഉറപ്പിച്ചോളൂ നിരർത്ഥസ്യ ഭ സത്വ അലോദ്ധവരെ ഒന്നുകൂടെ പറയാം നീ ഏതൊരു നാമരൂപം കൽപ്പിച്ചുണ്ടാക്കിയ അപ്പത്ര നമുക്ക് ഭയം ഭയം ഇദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുമോ ഞാൻ വേണ്ടവിലൊക്കെ ചെയ്യില്ലെങ്കിൽ ഞാൻ വഴിപാടിനാൽ ഞായറമ്മണ്ണം ചെയ്യില്ലെങ്കിൽ ദേഷ്യപ്പെടുമോ അദ്ദേഹത്തിന് അപ്രിയം വരുമോ ഇപ്പം എത്ര കുടുംബങ്ങളിലാണ് ദേവതമാർ പ്രിയമില്ല എന്തിനു പറയുക പത്ര വായിച്ച് നോക്കുക മിക്കവാറും മനുഷ്യരെക്കാൾ കൂടുതൽ ഇപ്പൊ ദേവപ്രശ്നമാണ് ഏത് ദേവന്റെ പ്രശ്നം വെച്ചാലും കൂടുതൽ തീരുമാനം എന്താ ദേവനിപ്പോൾ അസന്തുഷ്ടനാണ് ഈടായി ഇത്രയും അസന്തുഷ്ടന്മാരായ ഈ ദേവന്മാരുടെ അടുത്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും അതുകൊണ്ട് അദ്ദേഹത്തിന് ഉടനായി വേറൊരു പേരുകൂടെ കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ വേറെ ഇങ്ങനൊക്കെ ചെയ്യണം അത് ചെയ്യണം ദോഷം തെറ്റാണെന്ന് എനിക്കിപ്പോൾ ഗംഭീരമായ ശാസ്ത്രമാണ് ഇതൊക്കെ ഭ്രമം ഭ്രമമണ്ഡലത്തിലെ ശാസ്ത്രം ഭാഗവും മറ്റും പറയുന്നു നിങ്ങളാ സത്യത്തെ സ്മരിക്കുമെങ്കിൽ ഈ ദേവന്മാരൊക്കെ ഈ ഭ്രഹമണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ നിങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥതരണം എന്തുകൊണ്ടെന്ന അവരുടെയൊക്കെ മേധാവിനെയാണ് നിങ്ങൾ ഭജിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ നിങ്ങളെ കാര്യങ്ങളായി കരി രക്ഷിക്കാതെ സാധ്യമല്ല പരിസ്ഫിരതി യസ്യാന്തരും നിത്യം സത്യസമത്കൃതി ബ്രാഹ്മണമണ്ഡലിവാഖണ്ഡം ലോകേശാലയന്തി ആരുടെ ഉള്ളിലാണോ ശാസ്ത്രീയമായ യഥാർത്ഥ സത്യം സ്ഫിരിക്കുന്നത് അവരെ സംരക്ഷിക്കാൻ ഭ്രമമണ്ഡലത്തിലെ ലോകബാലന്മാർ പോലും കടപ്പെട്ടവരാം എന്താ എന്താ കാരണം എന്ന് അവരുടെ രൂപത്തിൽ നിൽക്കുന്നത് പോലും ആ സത്യമാണ് ചക്രവർത്തി തനിക്ക് തികച്ചും വസന്തകനാണെങ്കിൽ പിന്നെ അവിടെ ഗേറ്റിൽ നിൽക്കുന്ന ആളിന് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഇതുപോലാണ് ഈ പരമസത്യത്തെ നമുക്ക് വശപ്പെടുത്താൻ കഴിഞ്ഞ എന്തിന് ഒടുവിൽ കൃഷ്ണൻ പറയുന്നു ബുദ്ധിവരെ ഞാൻ ജ്ഞാനം അഭീഷ്ണശസ്തേ കഥിത്തും ജ്ഞാനം നിഷ്പഷ്ടയുക്തിമത്വം ഞാൻ നിനക്ക് ഞാൻ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കണം ഇടക്കിടയ്ക്ക് വേറെ വേറെ പറഞ്ഞു അതൊക്കെ നീ ചോദിച്ചു പറഞ്ഞു പക്ഷെ അവിടെയൊക്കെ ഞാൻ ആവർത്തിച്ച് അങ്ങേറ്റത്തെ യുക്തിയോടുകൂടി അല്ല വരവ് എന്നെ കളിപ്പിക്കാനില്ല നിനക്ക് ബോധ്യമായ മാത്രം അംഗീകരിച്ചാൽ മതി അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നീ ആലോചിക്ക് വേണ്ടവണ്ണം ചെയ്യു നേരെ ഗൗലി ആശ്രമത്തിൽ പോയി ഞാൻ ഈ പറഞ്ഞതൊക്കെ ചിന്തിച്ച് ആ പ്രകൃതി രമണീയമായ സ്ഥലത്ത് തപസ് ചെയ്ത് ശുദ്ധി വരുത്തു ഉച്ചവരെ യാത്രയാക്കി കമനങ്ങൾ വാർത്തുകൊണ്ട് ഉച്ചവർ പോയി ഭഗവാനെ എനിക്കങ്ങയെ പിരിയാൻ അടിയായ ഖേദ ഉണ്ടാവും ചെയ്തൊക്കെ പറഞ്ഞ് കേട്ടെങ്കിലും ഇനി അത് ഉറപ്പിക്കണ്ടേ ഭഗവാന്റെ പാതികം തലയിൽ വെച്ചു വീണ്ടും വീണ്ടും ഭഗവാനെ തിരിഞ്ഞു നോക്കി കരുണാനന്തരമായ ഭഗവത് കടാക്ഷങ്ങൾക്ക് പാത്രമായി ഉദ്ധവർ നടന്ന് നടന്നകുന്നു പിന്നെ ഭഗവാനും തന്റെ ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇതൊക്കെയാണ് നാളെ നമുക്ക് കൃഷ്ണ സ്വധാമ ഗമനമാണ് കൃഷ്ണന്റെ ശരീരത്യാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കാര്യം കൂടെ നിങ്ങളെ മറ്റന്നാൾ അതായത് പത്തൊൻപതാം തീയതി നമ്മുടെ ഈ ജ്ഞാന യജ്ഞം അവസാനിക്കുകയാണ് അന്ന് ഒരു യജ്ഞപ്രസാദ വിതരണമുണ്ട് ഒരു മനോഹരമായ പ്രാകസ്മരണ സ്തോത്രം വേദാന്തം മുഴുവൻ ഉൾക്കൊള്ളും നമ്മുന്ന സ്തോത്രം കാലത്ത് എണീറ്റ് ഓർമ്മിക്കാനുള്ള സ്തോത്രം വ്യാഖ്യാന അക്ഷരിച്ചു വെച്ചിട്ടുണ്ട് ആ പുസ്തകമാണ് യജ്ഞപ്രസാദമായി നൽകുന്നത് മറ്റെന്ന അതിനോടൊപ്പം കഴിയുന്നത് പോലെ ചെറിയ ദക്ഷിണ സ്വീകാര്യത ഉണ്ട് ദക്ഷിണ നിർബന്ധമല്ല പറ്റുന്നത് കഴിയുന്നത് പോലെ ചെറിയ ദക്ഷിണയും കൊടുക്കണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിർബന്ധമേ അല്ല പക്ഷേ ഈ പ്രസാദം വാങ്ങിയിരിക്കണം അഞ്ചു മണിക്ക് മറ്റെന്ന അഞ്ചു മണിക്ക് നമ്മളിവിടെ കൂടും ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടുവെച്ചാൽ അത് പിന്നെ പലതരത്തിലും മനസ്സിനും ശരീരത്തിനും ഒക്കെ ക്ലേശമാണ് അതുകൊണ്ട് ഈ പ്രസാദ വിതരണവും ദക്ഷിണയും അഞ്ചു മണി മുതൽ തുടങ്ങും മറ്റൊന്നാണ് അത് കഴിഞ്ഞ് ഉപസംഹാര സമ്മേളനം കൊല്ലത്ത് മങ്ങാട്ടൊന്ന് നല്ല നല്ല തത്വബോധ ഉറച്ചൊരു സ്വാമി ഉണ്ട് അങ്ങേരുടെ അധ്യക്ഷതയിൽ ൾ കൂടും ഒടുവിൽ ഒടുവിൽ എത്ത ദിവസം അവസാനം ഭാഗവത മഹത്വം കുറച്ചു നേരം ചർച്ച ചെയ്ത് ശാന്തരായി സന്തുഷ്ടരായി ആ സന്തോഷം നീണ നിലനിൽക്കത്തക്ക ഉറപ്പോടുകൂടി നമുക്കിവിടുന്ന് മറ്റൊന്ന് പിരിഞ്ഞു പോകാം എല്ലാവരുടെ ഹൃദയവും കുറെങ്കിലും ആ ബ്രഹ്മഭാവത്തോടടുത്ത് അതിരത്ത ശാന്തി അനുഭവിക്കാൻ ഇളവരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം